മൂന്നാമത്തെ ആണ് ഈ മന്ത്രത്തിൽ പറയുന്നത് വിശ്വൈശ്വാനന്മാരുടെ ഏകത്വത്തെക്കുറിച്ച് പറയുന്നു അതിൻ്റെ ഫലത്തെക്കുറിച്ച് പറയുന്നു സർവപ്രപഞ്ച ഉപശമിത വിശ്വവൈശ്വാനമാരുടെ ഏകത്വബോധം കൊണ്ട് പ്രപഞ്ചം ഉപശമിക്കുമ്പോൾ അദ്വൈതസിദ്ധി കൈവരുന്നു അദ്വൈത അനുഭവം പ്രാപ്തമാകുന്നു അഭിതസിദ്ധി രണ്ടു തരത്തിലുണ്ട് ഒന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നു ചർച്ച ചെയ്തുള്ള സിദ്ധി എന്ന് പറയുമ്പോൾ ആശയപരമായിട്ട് അദ്വേദത്തെ ഒരു ആശയം എന്നുള്ളതാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക ചിന്താപരമായിട്ടും മനസ്സിലാക്കുക യുക്തിയുക്തമായിട്ട് മനസ്സിലാക്കുക സപ്രമാണമായിട്ടും പ്രമാണയുക്തമായിട്ട് അതിനെ മനസ്സിലാക്കുക പക്ഷെ അതുകൊണ്ട് പൂർണ്ണമായും തന്നെ ഇവിടെ ഋഷി പറയുന്നത് അങ്ങനെ കേവലം അദ്വൈതമെന്ന് പറയുന്ന ഒരു ആശയത്തെക്കുറിച്ച് മാത്രമാണ് ഋഷി പറയുന്നത് തന്റെ അനുഭവത്തെക്കുറിച്ചാണ് ഋഷിയെ സംബന്ധിച്ചിടത്തോളം അദ്വൈതം അനുഭവമാണ് നമ്മളത് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ആശയമാണ് അദ്വൈതം അനുഭവത്തെ കുറിച്ചാണ് പറയുന്നത് ആത്മാവിനെ ആ പ്രപഞ്ചവശമത്തിലൂടെ സാക്ഷാത്കരിക്കാൻ കഴിയും ആ സാക്ഷാത്കാരത്തിന്റെ ഒരു ഉപായം ആണ് മറ്റ് ചർച്ചകളല്ല ആ സാക്ഷാത്കാരം എങ്ങനെയായിരിക്കും അതടുത്തു പറയുന്നു സർവഭൂതാനിച്ച ആത്മനി ശ്രുതി ഈശാവാസ്യത്തിനും മറ്റ് പല ഭാഗങ്ങളിലും പറയുന്നുണ്ട് സർവഭൂതങ്ങളെയും തന്നിൽ കാണാൻ കഴിയുന്നു ആത്മനി അദ്വൈത സാക്ഷാത്കാരത്തിൽ അദ്വൈതത്തിന്റെ തന്നെ ഭാഷയിൽ പറയുന്ന എന്താണോ സർവത്തെയും തന്നിൽ ആരോപിതമായി കാണും താൻ പരമാർത്ഥമായും തന്നിൽ മറ്റ് സർവവും അവാസ്തവങ്ങളായി അനുഭവപ്പെടുന്നു അതാണ് അദ്വൈതാനുഭൂതി ദ്വൈതാനുഭൂതിയിലെങ്ങനെ താനെന്താണെന്ന് സ്വയം അറിയാതെയും തന്നറിയുന്നതെല്ലാം വാസ്തവമായിട്ടും അനുഭവപ്പെടുന്നു അതാണ് സർവഭൂതാനിലെ ആത്മനി സർവഭൂതങ്ങളെയും ആത്മാവിൽ അറിയുന്നു ആത്മാവിൽ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ആവർത്തിക്കുന്നതാണ് തന്നിൽ തന്നത് അല്ലാതെ ആത്മാവെന്ന് പറയുന്ന സർവവ്യാപകമായ ഒരു വസ്തു ഇവിടെ തത്വജ്ഞാനി ആ വസ്തുവിൽ സർവ വസ്തുക്കളെയും കൽപ്പിതമായി കാണുന്നു എന്നൊന്നും തിരിച്ചുകളി ആ തന്നിൽ കാണും ആത്മശബ്ദത്തിന്റെ അർത്ഥം താനാണ് അപ്പൊ താനെന്ന് പറയുമ്പോൾ നമ്മൾ ധരിക്കുന്ന താനുമല്ല തന്റെ യഥാർത്ഥ സ്വരൂപത്തിൽ കാണുന്നു അപ്പൊ തന്റെ യഥാർത്ഥ സ്വരൂപത്തിൽ സർവത്തെയും ആരോപിതങ്ങളായി കാണുന്നു എന്ന് പറയുന്നത് ഒരാൾക്ക് സംശയരഹിതമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ ആ സത്യത്തെ സാക്ഷാത്കരിച്ചിരിക്കുന്നു അത് ബോധ്യപ്പെടാത്തിടത്തോളം കാലം തന്നിൽ കാണുന്നു എന്ന് പറയുന്നതിന് വീണ്ടും സംശയങ്ങളും ഭ്രമവും അവശേഷി ആ സംശയവും ഭ്രമവും മറ്റേ രീതിയിലാണ് ഇവിടെ യഷു പറയുന്നത് തന്നിൽ കാണുന്നു യെസ് ഭൂതാനി ആത്മീയ സർവഭൂതങ്ങളെയും താനായിട്ട് തന്നെ കാണുന്ന അവസരത്തിൽ അതിന്റെ അടയാളം എന്താണോ അവസാനിച്ചിരിക്കുന്നു അതുവരെ ഉണ്ടായിരുന്ന ശോകമോഹങ്ങളല്ല വെറും ശബ്ദത്തിലൂടെ അതിനെ അറിഞ്ഞിട്ട് ചിന്തയിലൂടെ അറിഞ്ഞിട്ട് ശോകമോഹങ്ങളൊന്നും അവസാനിക്കത്തില്ല അതുകൊണ്ടുകൊണ്ട് ഋഷി പറയുന്നത് തന്റെ അനുഭവത്തെക്കുറിച്ചാണ് തന്റെ സാക്ഷാത്കാരത്തെക്കുറിച്ചാണ് പറയുന്നത് ആ ശ്രുതിയുടെ താൽപ്പര്യമാണ് ഇത്യാദി ശ്രുതി അർത്ഥ ഉപസംഹൃദം സിയാ ആ ശ്രുതിയുടെ താല്പര്യത്തെ ഇവിടെ ഉപസംഹരിച്ചിരിക്കുകയാണ് അദ്വൈത സാക്ഷാത്കാരത്തെ വാക്കുകൾ കൊണ്ട് വിശദീകരിച്ചാല് ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്നാണ് ഭാഷകാരൻ പറയുന്നത് ഇങ്ങനെ തന്നിൽ അല്ലെങ്കിൽ തന്റെ യഥാർത്ഥ സ്വരൂപത്തിൽ സർവവസ്തുക്കളെയും കാണുക ആ കാണുന്ന വസ്തുക്കളൊന്നും പരമാർത്ഥമല്ല എന്നറിയുക സർവഭൂതങ്ങളിലും തന്നെ തന്നെ കാണുക രീതിയിൽ തന്നിൽ സർവത്തെയും കാണുക സർവത്തിലും തന്നെയും കാണുക ഇത് രണ്ടു സംഭവിക്കും ഈ അനുഭവമാണ് സാക്ഷാത്കാരം എന്നു പറയുന്നത് നുഭൂതിയാണ് അങ്ങനെ അല്ലാതായാലോ അന്യത ഈ സ്വദേഹ പരിച്ഛിന്ന യോഗ പ്രത്യേകാത്മാ അല്ലാതെയും മറ്റു ചിലർക്ക് ആത്മാവിനെ കുറിച്ചുള്ള അനുഭവം ഉണ്ടാകുന്നു ആത്മാവിനെ ഓരോരുത്തരും എങ്ങനെയാണോ കാണാൻ ശ്രമിക്കുന്നത് ഓരോരുത്തർക്കും എങ്ങനെയാണോ അതിനെ കാണുന്നതിനുള്ള യോഗ്യത അതനുസരിച്ച് അവരവർക്ക് വെളിപ്പെടുന്നുണ്ട് അവർ കാണുന്നുണ്ട് കാണുക എന്ന് പറഞ്ഞാൽ അവർക്ക് വെളിപ്പെടുന്നു ആത്മാവിനെ ആർക്കും അങ്ങനെ കണ്ടെത്താൻ പറ്റത്തില്ല മറിച്ച് ആത്മാവ് ഓരോരുത്തർക്കും അവരവരുടെ നിലയനുസരിച്ച് വെളിപ്പെടുകയാണ് അതിലൊരു കൂട്ടരാണ് സാഖ്യന്മാര് സാഖ്യ ഗുരുവിന്റെ അനുയായി ഗുരു പറഞ്ഞതുപോലെ അവർ അനുസരിക്കുന്നു അവരവനെ കാണാൻ ശ്രമിക്കുന്നു മനസ്സിലാക്കുന്നു എന്താണ് അവർ പറയുന്നത് ഞാൻ എന്റെ ആത്മാവ് ശരീരവുമായി ബന്ധപ്പെട്ട് മാത്രം അവർ ആത്മാവിനെ ഗ്രഹിക്കുന്നു ആത്മാവിന്റെ പല ഗുണവിശേഷങ്ങളും അവർക്ക് അനുഭവവേദ്യമായിട്ടുണ്ട് ആത്മാവ് പരിശുദ്ധനാണ് നിർഗുണനാണ് ജ്ഞാനസ്വരൂപനാണ് തുടങ്ങിയ പല കാര്യങ്ങളും അവർക്ക് അനുഭവപ്പെട്ടെങ്കിലും ആത്മാവിന്റെ സർവ്വവ്യാപകത്വം ഏകത്വം സ്വച്ഛിതാനന്ദ രൂപത്വവും ഒന്നും അവർക്ക് അനുഭവപ്പെട്ടില്ല അതാണ് ആത്മാവിനെക്കുറിച്ചുള്ള ദേഹപരിച്ഛിന്നമായ അറിവെന്ന് പറയുന്നത് പക്ഷെ അവർക്ക് ഉള്ള വിശേഷത എന്താണ് അവരും ഈ ശരീരത്തിൽ നിന്നും അതിരിക്തനായ ഭിന്നനായ ഒരു ആത്മാവിനെ അവരും അറിഞ്ഞിരിക്കുന്നു അതുപോരാ ആ സാക്ഷാത്കാരം പൂർണ്ണമല്ല തഥാ സദ്വൈതം ഇത് ശ്രുതികൃതവിശേഷം നശിച്ച പക്ഷെ ശ്രുതി ആവർത്തിച്ചാവർത്തിച്ച് പറയുന്ന എന്തിനെക്കുറിച്ച് ശാന്തം ശിവം അദ്വൈതം അദ്വൈതമെന്നുള്ള ശബ്ദം കൊണ്ടുതന്നെ പറയും ചതുർത്ഥം ആ ചതുർത്ഥനയിരിക്കുന്ന ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത് അദ്വൈതമായ ആത്മാവിനെ കുറിച്ചാണ് ശ്രുതി പറയുന്നത് അത് ആ പറയുന്നതിന് അർത്ഥമില്ലാതെ ഇവരുടെ പിറകെ പോയി കഴിഞ്ഞാൽ സാങ്കേതിക ഗുരുവിനെ അങ്ങനെ ഒരു ദോഷം സംഖ്യാതി ദർശനം അവിശേഷ അദ്വൈതവും സാഖ്യവും ഒന്നാണെന്ന് തോന്നുന്നു അതുകൊണ്ട് നമ്മുടെ ആഗ്രഹമനുസരിച്ച് നമ്മുടെ യോഗ്യതയനുസരിച്ച് ആത്മാവിനെ അറിഞ്ഞാ പോരാ ആത്മാവിനെ അതിന്റെ പരമാർത്ഥത്തിൽ അറിയണം ആ പരമാർത്ഥം എന്ന് പറയുന്നത് ഋഷി വെളിപ്പെടുത്തിയതാണ് ശ്രുതിയിൽ പറയുന്നത് ആ രീതിയിൽ തന്നെ അറിയണമെന്നും ഋഷി സർവോപനിഷ സർവാത്മൈക്യപ്രതിപാദകത്വം സർവാത്മഐക്യം അതാണ് മുഖ്യം ഓരോ ശരീരത്തിലും ഓരോരുത്തർക്കും വേറെ വേറെ അനുഭവപ്പെടുന്നതായ ആത്മബോധം ആത്മബോധമില്ലാത്ത ആരുമില്ല കണ്ണെ കുറിച്ചുള്ള ബോധമില്ലാത്ത ആരുമില്ല സർവർക്കുമുണ്ട് പക്ഷെ അവിടെ എന്തു ചെയ്യുന്നു ഞാൻ വേറെ നീ വേറെ എന്നറിയുന്നു ഈ ശരീരത്തിനുള്ളിലിരിക്കുന്നവനായി തന്നെ അറിയുന്നു അന്യൻ വേറെയായിട്ടും അറിയുന്നു ഉപനിഷത്ത് അതല്ല പറയുന്നത് ഓരോ ജീവനും സദാ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാനുഭവത്തെ അത് പൂർണമാക്കുകയാണ് എന്താണോ സർവാത്മൈക്യം സർവാത്മാക്യത്തെ ബോധിപ്പിക്കുന്നു ഒന്നിനെ തന്നെ സർവനും ബോധിച്ചുകൊണ്ടിരിക്കുന്നത് അത് വേറെ വേറെയല്ല എന്നാണ് പുതുതായൊരാത്മ ബോധം അതുണ്ടാക്കേണ്ട ആവശ്യമില്ല ശ്രീയ്ക്കും ആവശ്യമില്ല ഇപ്പോഴുള്ള ബോധത്തിന്റെ കുറവുകളൊക്കെ പരിഹരിച്ചാണ് എന്തുകൊണ്ട് ആത്മാവ് ആരെങ്കിലും കണ്ടെത്തുന്ന ഒരു വസ്തുവല്ല ആർക്കെങ്കിലും കണ്ടെത്താൻ പറ്റിയൊരു സാധനവും കണ്ടെത്തേണ്ടതാണെങ്കിൽ എങ്ങനെയായിരിക്കും അത് അജ്ഞേയമായിരിക്കും അറിയപ്പെടാത്തതായിരിക്കും ഇത് സ്വയം പ്രകാശിക്കുന്നതാണെന്നാണ് പറയുന്നത് സദാസ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോ അത് അറിയാതിരിക്കുക എന്നുള്ള അതിന്റെ പ്രകാശത്ത് നിന്ന് രക്ഷപ്പെട്ടു ആർക്കും കഴിയത്തില്ല അതുകൊണ്ടത് സ്വയം പ്രകാശമാണെന്ന് പറയുന്നു അപ്പോൾ സ്വയം പ്രകാശമായിരിക്കുന്ന ആത്മാവ് ഒരിക്കലും അജ്ഞേയമായിരിക്കത്തില്ല അത് സദാ അനുഭവമൊടുവിൽ പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു സർവജീവന്മാരും പക്ഷെ അവിടെ ഒരു അപൂർണതയം അപൂർണതയം മാറ്റുന്നതാണ് പറയുന്നത് സർവാത്മൈക്യം അത്രേ ശ്രുതി ചെയ്യുന്നു അല്ലാതെ ആത്മാവിനെ ആത്മാവെന്ന് പറയുന്ന ഒരു പുതിയ വസ്തുവിനെ നമുക്ക് പുതുതായിട്ട് ശ്രുതി കാണിച്ചു തരുന്നു മറിഞ്ഞിരിക്കുന്നതിനെ വെളിപ്പെടുത്തുന്നുവെന്നു ആ പ്രകാശത്തെ പൂർണ്ണമാക്കുന്നു അതാണ് പറയുന്നത് സർവാത്മക്യ പ്രതിപാദകം അതോ യുക്തമേവ്യാത്മിക പിണ്ടാത്മന ദിലോകാദ്യംഗത്വന വിരാടാത്മന ആതിദേവികേന ഏകത്വമഭിപ്രേത്യ സത്ാംഗത്വവചനം ആത്മാവിന്റെ രണ്ടു ഭാഗങ്ങൾ ഒന്നതിന്റെ ആധ്യാത്മികഭാവം ആധ്യാത്മിക ഭാവം സദാസ്പുരിക്കുന്നതാണ് അതാർക്കും വെളിപ്പെടുത്തേണ്ട ആവശ്യം ഉള്ളിൽ സദാസ്പിരിച്ചുകൊണ്ടിരിക്കുന്നു ആധ്യാത്മിക ഭാവം എന്ന് പറയുമ്പോൾ ഓരോ ജീവനും ഈ ശരീരത്തിനുള്ളിൽ സ്വയം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാവം അതാണ് ആധ്യാത്മിക ഭാവം അധ്യാത്മം എന്നിടത്ത് ആത്മ എന്ന് പറഞ്ഞ ശരീരമെന്നാർത്ഥം ആ ശരീര സംബന്ധിയായി അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അധ്യാത്മം ശരീരവുമായി ബന്ധപ്പെട്ട് അറിവായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത് അധ്യാത്മഭാവം അല്ലെങ്കിൽ ആധ്യാത്മികം ആ ശരീരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ന് എന്തുകൊണ്ട് പറയുന്നു അതിന്റെ തുടക്കം ശരീരത്തിന്റെ അഹംബോധത്തിൽ നിന്നാണ് അല്ലെങ്കിൽ ശരീരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മമതാബോധത്തിൽ നിന്നാണ് അങ്ങനെയാണല്ലോ നമ്മൾ നമ്മളെ അറിയുന്നത് നമ്മളെ അറിയുക എന്ന് പറഞ്ഞാൽ ആത്മാവിനെ അറിയുകയല്ല പക്ഷെ ആത്മാവിനെ അറിയുന്നത് എങ്ങനെ ശരീരമായിട്ടറിയുന്നു അതുകൊണ്ടാണ് ശരീരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആത്മബോധമെന്ന് പറയുന്നത് അത് കലർപ്പില്ലാതെ ശുദ്ധമായി സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും നമുക്ക് നിർവചിക്കാൻ കഴിയാത്ത അനിർവചനീയമായ ഒരു തകരാറെന്നാണ് പറയുന്നത് ആചാര്യസ്വാമി എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നോക്കി പിടികിട്ടത്തില്ല അവിദ്യ മായ എന്നൊക്കെ പറയുന്നതുകൊണ്ടാണ് അതുകൊണ്ടത് ശരീര സംബന്ധിയായി അറിയും ശുദ്ധത്തെ തന്നെ അശുദ്ധമായി അറിയും ഇതിനാണ് അധ്യാത്മം എന്ന് പറയുന്നത് ഈ അറിവ് സർവോത്രയുണ്ട് ആത്മബോധമില്ലാത്ത ആര് അതിനെക്കുറിച്ചാണ് പറയുന്നത് ആധ്യാത്മികത്മാവ് പിണ്ടാത്മാന്ന് പറഞ്ഞ ശരീരാത്മാവ് ശരീരബോധം കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു വൃഷ്ടിയും സമൃഷ്ടിയും ശരീരത്തിനാണ് ചൈതന്യത്തിനാണ് അതുകൊണ്ട് പറഞ്ഞെന്താണ് പിണ്ടാത്മ ഈ ശരീരാത്മ ആ ബോധം പോരാ അത് മുക്തിയെ കൊടുക്കുന്നില്ല അതുകൊണ്ട് ശ്രുതി എന്താണ് വിശേഷിച്ച് ചെയ്യുന്നത് ദിലോകാദ്യ അംഗത്വേന വിരാടാത്മന കഴിഞ്ഞ ദിവസം ചെറുത്തി വിരാട് രൂപത്തിൽ ദിലോകവും ആകാശവും പാദവും എല്ലാം അതിന്റെ അവയവങ്ങളായിട്ടുള്ള വിരാട് രൂപം വിരാട് രൂപത്തിൽ പ്രപഞ്ചരൂപത്തിൽ പ്രപഞ്ചാത്മാവായി ശരീരാത്മാവിനെ പ്രപഞ്ചാത്മാവായി ബോധിപ്പിക്കുന്നു ശരീരാത്മാവിനെ പ്രപഞ്ചാത്മാവായി ബോധിപ്പിച്ചു എന്ന് പറഞ്ഞത് പൂർണ്ണമാകുന്നില്ല അതിന് രണ്ടു ഭാഗങ്ങളെയും കളഞ്ഞാലേ പൂർണ്ണമാകും ശരീരഭാഗത്തെയും കളയണം പ്രപഞ്ചഭാഗത്തെയും കളയണം പക്ഷേ ശരീരത്തിലിരുന്നു കൊണ്ട് ശരീരത്തെ ആശ്രയിച്ച് അതിനെ ബോധിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ബോധത്തിന്റെ പൂർണത ക്രമമായേ വരത്തുക ആദ്യം ശരീരവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്നു പിന്നെ സർവപ്രപഞ്ചവുമായി ബന്ധപ്പെട്ട് അതിനെ മനസ്സിലാക്കുന്നു പിന്നെ പ്രപഞ്ചരഹിതമായി അതിനെ മനസ്സിലാക്കുന്നു അങ്ങനെ ഒരു ക്രമമുണ്ട് അതിനാണ് വിശ്വ ടൈജസ പ്രാജ്ഞ തുരീയൻ എന്നുള്ള ക്രമത്തിന് നമ്മളെ ബോധിപ്പിക്കുന്നു ആദ്യം ഈ ശരീരാത്മാവിനെ പ്രപഞ്ചാത്മാവായി ബോധിപ്പിക്കുന്നു ആദിദൈവികം എന്നതിനെ പറയുന്നു ദേവം എന്ന് പറയുന്നത് ഈശ്വര ശരീരത്തെയാണ് വിരാടിന്റെ ശരീരത്തെയാണ് ഇവിടെ ദേവം എന്ന് പറയുന്നത് ഈശ്വര ശരീരം എന്ന് പറയുന്നത് എന്താണ് പ്രപഞ്ചം തന്നെ ശരീരം ആ വൈശ്വാനരുടെ ശരീരവുമായി ബന്ധപ്പെട്ട് അതിന് ദേവം എന്ന് പറയുന്നത് എന്തുകൊണ്ട് അതലൗകികമാണ് ദിവ്യമാണ് അതുകൊണ്ട് തന്നെ ദൈവം എന്ന് പറയുന്നത് ജീവസൃഷ്ടമല്ല ഈ ശരീരം എന്ന് പറയുന്നത് ഈ പിണ്ടമെന്ന് പറയുന്നത് ജീവസൃഷ്ടമാണ് മറ്റതങ്ങന ഈശ്വര സൃഷ്ടമാണ് വിരാട് ശരീരം നമ്മുടെ ഈ ജീവസിഷ്ടമായിരിക്കുന്ന പരിച്ഛിന്നമായിരിക്കുന്ന ഈ ശരീരങ്ങളെല്ലാം കൂടി ചേർത്ത് വെച്ചു കഴിഞ്ഞാൽ വിരാട ശരീരമാകത്തില്ല തുച്ഛമായ ഈ ശരീരങ്ങൾ ചേരുന്നാൽ അത് സത്യസങ്കല്പനായ ഈശ്വരന്റെ സൃഷ്ടിയാണ് അതിന്റെ തുച്ഛമായ ഭാഗങ്ങളെയാണ് ജീവൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ പിണ്ടങ്ങൾ എന്ന് പറയുന്നത് മിഷ്ടി കൂടിച്ചേരുന്നതല്ല സമൃഷ്ടി എന്ന് പറയുന്നത് മിഷ്ടിയെ ഉൾക്കൊണ്ടുകൊണ്ട് മിഷ്ടിക്ക് അതീതമായി നിൽക്കുന്നതാണ് അതാണ് ഇവിടുത്തെ സമൃഷ്ടി അത് ദിവ്യവും അലൌക്യവുമായതുകൊണ്ട് തന്നെ പറയുന്ന എന്താണോ അത് ആതി അല്ലാതെ നമ്മൾ ധരിച്ചു കളയരുത് ഈ നികൃഷ്ടമായ ശരീരത്തിൽ അഭിമാനിക്കുന്നവനാണ് ഈശ്വരൻ അങ്ങനെ കരുതുന്നത് ഈ നികൃഷ്ടമായ ശരീരത്തിൽ ജീവനെ അഭിമാനിക്കാൻ കഴിയും ഈശ്വരന്റേതായ ശരീരമാണ് അത് സർവത്തെയും ഉൾക്കൊണ്ട് നിൽക്കുന്നതാണ് അത് ജീവന് ്രഹിക്കാൻ പറ്റിയതുപോലെ അതാണ് പ്രപഞ്ചം എന്താണെന്ന് നമുക്ക് മനസ്സിലാകാത്തത് പ്രപഞ്ചത്തിന്റെ ഒരു അംശത്തെക്കുറിച്ചുള്ള അംശജ്ഞാനമേ നമുക്കുള്ളൂ പ്രപഞ്ചത്തെക്കുറിച്ചൊരിക്കലും ജീവന് ജ്ഞാനം ഉണ്ടാകത്തില്ല ഒരു കാരണം വെച്ചാൽ എന്തുകൊണ്ട് പ്രപഞ്ചം സർവജ്ഞനായ ഈശ്വരന്റെ സൃഷ്ടിയാണ് അതുകൊണ്ട് തന്നെ അല്പജ്ഞനായ ജീവൻ എങ്ങനെ സർവജ്ഞന്റെ സൃഷ്ടിയെ ഗ്രഹിക്കാൻ പറ്റും അതുകൊണ്ടാണ് അതിനാധി ദൈവിക രൂപം എന്ന് പറയുന്നത് അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല നമ്മുടെ ബുദ്ധിക്ക് അതിനുള്ള വൈഭവം ആ വിരാട് രൂപവുമായിട്ട് അതിനങ്ങനെ ബോധിപ്പിക്കുന്ന ശ്രീ ആതിദൈവികമായൊരു രൂപമുണ്ട് അത് ഈ ആധ്യാത്മികമായ രൂപത്തിൽ അതിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് ബോധിപ്പിച്ചിട്ട് ഏകത്വം ഇപ്രയത്യ ഈ രണ്ടിനുമുള്ള ചൈതന്യ ബോധിപ്പിക്കുന്നു ഈ വ്യത്യാസങ്ങളെല്ലാം ശരീര തലത്തിലേ ഉള്ളു സൃഷ്ടിയുടെ തലത്തിലേ ഉള്ളു ആന്തരികമായിട്ടാണെങ്കിലോ ഏകം തന്നെ ഏകത്വത്തെ പറയും സപ്താംഗത്വ വചനം അങ്ങനെ സപ്താംഗത്വം പറയുന്നു വൃഷ്ടീനും സമഷ്ടിയിലും മൂർധാതെ വ്യപതിഷ്യത് ഇത്യാദി ലിംഗ ദർശന ആ സമഷ്ടി ഭാവത്തെ ചാന്തൂജ്യത്തിൽ അശ്വപതി അത് ബോധിപ്പിക്കുന്നു ഉപഗോശനം തുടങ്ങിയ ശിഷ്യന്മാര് അവരുടെ ഉപാസനകളെക്കുറിച്ച് പറയുമ്പോൾ പറയും നിങ്ങളുടെ ഈ വൈശ്വാനം പൂർണ്ണമായും മനസ്സിലാക്കാതെയുള്ള വൈശ്വാന്റെ ധ്യാനം ഉപാസന എന്ന് പറഞ്ഞ ധ്യാനം അത് തലതിരിഞ്ഞതാണ് ഇത് നമ്മൾ സാധാരണ മുതിർന്ന ആൾക്കാരെല്ലാം തലതിരിഞ്ഞ പിള്ളേരോട് പറയും ഇതിന്റെ തല തെറിച്ച് പോകും അതിന്റെ പാശ്ചാർത്ഥത്തിൽ എടുക്കരുത് തല പൊട്ടിപ്പോകുന്നുള്ളാരുന്ന ഇങ്ങനെയാണ് നീ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിനക്ക് ദോഷം ചെയ്യും നേരെ പോകാൻ പറ്റത്തില്ല എന്നൊക്കെ വന്നാൽ അവൻ തലപൊട്ടി മരിക്കട്ടെ എന്നല്ല ജീവന്റെ മുന്നോട്ടുള്ള പോക്കെന്ന് പറയുന്നത് എന്താണ് ജീവന്റെ ഊർധ്വമൻ അനേക ജന്മങ്ങളിലൂടെ അത് ഊർധ്വ ഗാമിയാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഉപരിയപരിയായിട്ടുള്ള ശ്രേഷ്ഠങ്ങളായിട്ടുള്ള ജന്മങ്ങളെ സ്വീകരിച്ച് സ്വീകരിച്ച് അന്തക്കനത്തെ ശുദ്ധമാക്കി ാപ്തി ഇതുവരെയുള്ള ജീവന്റെ മുന്നോട്ടുള്ള പോക്കനെയാണ് ഊർധാമിത്വം എന്ന് പറയുന്നത് ആ ഊർധ്വഗതിക്ക് പകരം അധോഗതി ഉണ്ടാകും അതാണ് പറയുന്നത് മൂർധത്തെ വിപതീക്ഷിക്കുന്നത് തല പിളർന്നു പോകും നിനക്ക് കാഴ്ച ഉണ്ടാകത്തില്ല ദർശനം ഉണ്ടാകത്തില്ല എന്ന് പറയുന്നതിന് നിന്റെ കണ്ണു പൊടിഞ്ഞു പോകും നിനക്ക് ശരിയായ മാർഗത്തിൽ സഞ്ചരിക്കാൻ പറ്റത്തില്ല നിന്റെ താലും മുടന്തിപ്പോകും ഇതെല്ലാം അവിടെ പറയുന്നുണ്ട് സന്തോപ്യവംശത്തിന്റെ ഈ ഭാഗം വൈശ്വാന ഉപാസനയെ കുറിച്ച് പറയുന്ന ഭാഗമെടുത്ത് വായിച്ചു നോക്കുക അപ്പൊ ഈ രീതിയിൽ ഇതെല്ലാം ശരിയായ കാഴ്ച ശരിയായ ഗതി ശരിയായ സഞ്ചാരം ഇതെല്ലാം ജീവന്റെ ആ മുന്നോട്ടുള്ള ഗതിയെക്കുറിച്ച് പറയുകയാണ് ഇതിന് തടസ്സങ്ങൾ വരും അധപ്പതനം ഉണ്ടാകും എന്നാണ് ചില വ്യാഖ്യാതാക്കൾ എഴുതിയിച്ചിട്ടുണ്ട് ഞാൻ പറയുന്ന കേട്ടെങ്കിൽ ഇതിന്റെ തല പൊട്ടിപ്പോകുമെന്നാണ് പറഞ്ഞത് തല വളർന്നു പോകും എന്ന് വെച്ചാൽ നിഷ്കത്രയും കടത്താണ് പറഞ്ഞാൽ തന്നെ ഉടൻ തല പൊട്ടിപ്പോകും അങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് അതെല്ലാം അവിടെ ഉദ്ദേശിക്കുന്നു വ്യസ്ത ഉപാസിനെ അവിടെ നിഷേധിക്കുന്നു അതായത് ആ വൈശ്വാനരഭാവത്തെ വിരാട് ഭാവത്തെ പൂർണമായും ഉൾക്കൊണ്ട് ഉപാസിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ജീവന് മുന്നോട്ടുള്ള ഗതിയില്ല അവൻ അവിടെ നിന്നെന്നു വരാം മറ്റേതെങ്കിലും ദിശയിലേക്ക് പോയെന്നു വരാം ഈശ്വരപ്രാപ്തി അവൻ തീരും എന്ന് ചുരുപ്പം എന്നെല്ലാം പറഞ്ഞിരിക്കുന്നത് ഇവിടെ പറയുന്ന എന്താണ് ആ ജ്ഞാനത്തിന്റെ പൂർണ്ണതയെ ആ ജ്ഞാനത്തിൽ ആർജിക്കേണ്ട ഒരു ഭാഗമാണ് സാക്ഷാത്കരണത്തിന് മുമ്പുള്ള ഭാഗം അത് ആർജിക്കേണ്ട ഭാഗമാണ് അതിനും ഒരു പൂർണ്ണത വരണം എന്ന് പറഞ്ഞാൽ വ്യക്തമായ തത്വബോധം അത് ആണ് സാക്ഷാത്കാരത്തിന്റെ മുന്നോടിയായി ഒരാൾ സമ്പാദിക്കേണ്ടത് തത്വത്തിലെ വ്യക്തത അതിനുവേണ്ടിയിട്ടിവിടെ പറയും ശ്രുതി എങ്ങനെയാണോ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് അതേ രൂപത്തിൽ തന്നെ അത് നമുക്ക് വെളിപ്പെടണം എന്നാലേ യഥാർത്ഥ ജ്ഞാനമാകത്തുള്ളൂ തത്വജ്ഞാനമാകത്തുള്ളൂ തത്വം എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായ ജ്ഞാനമാകത്തുള്ളൂ മറിച്ചായിക്കഴിഞ്ഞാലോ ഇവിടെ സാഖ്യന്മാരും മറ്റും ധരിക്കുന്നതുപോലെ ആത്മാവിനെ പരിച്ഛിന്നമായി ധരിക്കും ദോഷം വരും അതാണ് ഇവിടെ പറഞ്ഞത് ഉപദേശി തല തിരിച്ചുപോകും എന്ന് പറഞ്ഞതാണ് ഇതെല്ലാം ശ്രൗതലിംഗങ്ങളാണ് ശ്രുതി ചില സന്ദർഭങ്ങളിൽ കാണിച്ചു തരുന്ന ചില അടയാളങ്ങളാണ് ശരിയായ തത്വബോധത്തിലേക്ക് ജീവനെ നയിക്കുന്നതിനു വേണ്ടി ഉപയോഗിക്കുന്ന ചില സങ്കേതങ്ങളാണ് എന്നിവിടെ ഭാഷകാരം പറയുന്നു അതുകൊണ്ട് ം ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിശ്വ വൈശ്വാനുടെ ഭാവത്തിൽ ഇത് തുടക്കത്തിൽ വിശദീകരിക്കുന്നത് വിരാജേകത്വം ഉപലക്ഷണാർത്ഥം വിരാടമായിട്ടുള്ള ആ ഏകത്വം പറഞ്ഞത് അത്രമാത്രം ഗ്രഹിച്ച് അവിടെ നിൽക്കാനല്ല അത് ശ്രുതിയുടെ ഒരു പ്രത്യേകതയാണ് ശ്രുതിയിൽ ഒരു സന്ദർഭത്തിലും ഒരു വാക്കുകൊണ്ടും ഒരു വാക്യം കൊണ്ടും അവസാന വാക്ക് പറയുന്നില്ല ശ്രുതി ഒരിക്കലും അവസാന വാക്കല്ലെന്നും ശ്രുതി തന്നെ പറയും വേദം മുഴുവൻ അവേദമാണെന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ എന്താണോ അവിടെ നിന്ന് മുന്നോട്ട് പോകണം അതിനാണ് ഉപലക്ഷണം എന്ന് പറയുന്നത് ഒരു കാര്യത്തെ നമ്മൾ ഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അതിനപ്പുറം കടന്നു പോകുമ്പോൾ അതിന്റെ ഉപലക്ഷണമെന്ന് പറയും അതിന്റെ സാങ്കേതിക നിർവചനങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം ഞാൻ പറയുന്നത് എന്റെ ആശയത്തെയാണ് ഇവിടെ ഒരു ഏകത്വത്തെ നമ്മളെ ബോധിപ്പിച്ചു പ്രപഞ്ചാത്മകനായിരിക്കുന്ന പരമാത്മാവ് തന്നെയാണ് ഈ ശരീര അന്തസ്ഥിതനായിരിക്കുന്നത് ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ആത്മവിജ്ഞാനം ഇവിടെ പൂർണ്ണമായെന്ന് കരുതണ്ട ഇതല്ല ഉപലക്ഷണമായി പറയുന്നതാണ് ഇതിനെ തുടർന്ന് ഗ്രഹിക്കേണ്ടതായ അനുഭവിക്കേണ്ടതായ പല കാര്യങ്ങളുമുണ്ട് ഇത് അറിവിനെ സംബന്ധിച്ചിടത്തോളം ആത്മവിദ്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാഥമികവും ഏറ്റവും സ്ഥൂലവുമായിട്ടുള്ള അറിവാണ് അടുത്തെന്താണ് ഹിരണ്യഗർഭ അവ്യാകൃതാത്മനോഹവും കുറച്ചുകൂടി സൂക്ഷ്മവുമായി ധരിക്കേണ്ട കാര്യങ്ങളുണ്ട് തൈജസലും ഹിരണ്യഗർഭനും തമ്മിലുള്ള അഭേദം ഇത് സ്ഥൂലമായ ബാഹ്യമായ ശരീരത്തിന്റെ തലത്തിൽ ചിന്തിച്ചുകൊണ്ട് ഗ്രഹിക്കേണ്ടതാണെങ്കിൽ കുറച്ചുകൂടി സൂക്ഷ്മമായ ആന്തരികമായ അന്ധകരണത്തിന്റെ തലത്തിൽ ചിന്തിച്ചു മനസ്സിലാക്കേണ്ടതാണ് തൈജസ ഹിരണ്യഗർഭ ഐക്യം അതിനും ഉപരിയായി കരണരൂപത്തിൽ അവ്യാകൃത രൂപത്തിൽ ഉള്ള അവ്യാകൃതാത്മാവും പ്രാജ്ഞനും തമ്മിലുള്ള ഐക്യത്തെ അതിന് സൂക്ഷ്മമായി ഗ്രഹിക്കണം അതെല്ലാം ഇവിടെ പറഞ്ഞതിന്റെ ഉപലക്ഷങ്ങളായി ഗ്രഹിക്കണം ഉക്തം ചെയ്ത മധുബ്രാഹ്മണേ ബൃഹദാരണ്യത്തിലെ മധുബ്രാഹ്മണം അവിടെ ഇക്കാര്യം പറയുന്നുണ്ട് ഇതിന്റെ അധ്യാത്മത്തിന്റെയും അതിദൈവത്തിന്റെയും ഏകത്വത്തെക്കുറിച്ച് പറയുന്നു യശ്ചായ മസ്യാം പൃഥ്വിയാം തേജോമയോ അമൃതമയോ പുരുഷോ യശ്ചായം അധ്യാത്മം മധുബ്രാഹ്മണമെന്ന് പറയുന്നു മധു എന്ന് പറയുന്നത് മധുരമുള്ള വസ്തുവാണ് മധുബ്രാഹ്മണത്തിന് ശ്രുതി എന്ന് പറയുന്നത് മധുരമുള്ള ശ്രുതിയാണ് വളരെ മനോഹരമായി ഇമ്പമുള്ള ഭാഷയിൽ അല്ലാണവിടെ ഈ ആത്മതത്വത്ത് പറയുന്നത് മധു എന്ന് പറഞ്ഞാൽ ആത്മാനന്ദമൊന്നും ഉണ്ടാവില്ല ആ ശ്രുതിയുടെ ശ്രവണം തന്നെ ആത്മാനന്ദത്തെ പ്രദാനം ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ മധുബ്രാഹ്മണമെന്ന് പറയുന്നു ആ മധുബ്രാഹ്മണത്തിൽ വളരെ മധുരമായി പറയുന്നുണ്ട് ശബ്ദമാധുര്യവും അർത്ഥമാധുരിയും ഒരുമിച്ച് വരുന്നൊരു ഭാഗമാണ് അത് വായിച്ചു നോക്കണം സമയമുണ്ടെങ്കിൽ മനസ്സും കൂടെ ഉണ്ടെങ്കിൽ എസ്റ്റായം പൃഥി ഈ പൃഥിവിയിൽ തേജോമയനായി അമൃതമയനായി ഇരിക്കുന്ന ഒരു പുരുഷൻ അങ്ങനെ ഓരോന്നിനെ കുറിച്ചും പറയും അതേ പുരുഷൻ തന്നെയാണ് എസ്റ്റായും അധ്യാത്മം അന്തസ്ഥിതനായിരിക്കുന്നത് ശരീര അന്തർഭാഗത്തിരിക്കുന്നത് അതേ പുരുഷൻ തന്നെ എന്നിങ്ങനെ തുടർന്ന് അവിടെ വർണ്ണിക്കുന്നുണ്ട് അവിടെ എന്താണോ ഈ അധ്യാത്മഭാവത്തെ അതിദൈവഭാവത്തെ ഏകീകരിപ്പിച്ച് പറയുന്നു അല്ലാതെ ഇതൊന്നും ആചാര്യസ്വാമികളുടെ കല്പന അതാണ് പ്രമാണം പറയുന്നത് തന്റെ ഒക്കെ പോലെ കല്പിതമാണെന്ന് മറ്റുള്ളവർ ധരിക്കരുത് ഈ ഏകത്വത്തെക്കുറിച്ച് ശ്രുതി ആവർത്തിച്ച് ആവർത്തിച്ച് പറയും അതുകൊണ്ട് സത്യമാണെന്ന് തന്നെ ബോധിക്കുന്നു സുഷുപ്തഅഅ്യാകൃത ഏകത്വം സിദ്ധമേവ അങ്ങനെ വിശേഷത്വ സുഷുപ്തനും അവ്യാകൃതനും തമ്മിലുള്ള ഏകത്വം വാക്കുകൊണ്ട് സമർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചൂണ്ടിക്കാണിച്ചാൽ മതി എന്തുകൊണ്ട് അവിടെ വാക്ക് പ്രവർത്തിക്കുന്നില്ല സുഷുപ്തിയിൽ വാക്കും ചിന്തയും എല്ലാം അസ്തമിച്ചു പിന്നെ അവിടത്തെ ഏകത്വത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യം നിർവിശേഷത്വ നിർവിശേഷമായ ദൃഷ്ടാന്തമാണത് നിർവിശേഷമായ ഒരു അവസ്ഥ ജീവനുണ്ടാകുമെന്ന് ജീവന് മറ്റൊന്നിന്റെയും സഹായം കൂടാതെ തന്നെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഈശ്വരൻ തന്നെ ജീവന് കൽപ്പിച്ചു കൊടുത്ത ഒരവസ്ഥയാണ് സുഷുദ്ധി പ്രമാണത്തിന്റെ ആവശ്യമില്ല യുക്തിയുടെ ആവശ്യമില്ല മനനത്തിന്റെ ആവശ്യമില്ല ധ്യാനത്തിന്റെ ആവശ്യമില്ല ഒന്നുമില്ല ഒന്നും അവിടെ നടക്കത്തുമില്ല ഈ പറയുന്ന നിർവിശേഷമായൊരവസ്ഥ ഉണ്ടെന്നുള്ളതിനെന്താ ഒരു ദൃഷ്ടാന്തമായിട്ട് എടുത്ത് കാണിക്കാനുള്ളത് സുശക്തി അല്ലാതെ മറ്റൊന്നുമില്ല ചെറുകറി സമാധി സമാധി അനുഭവിച്ചവനല്ലേ സുഷുതി അങ്ങനെയല്ല സർവജീവ സാധാരണമായി സൃഷ്ടിയിൽ തന്നെ അങ്ങനെ ഒരു അവസ്ഥയെ നിർണയിച്ചിരിക്കുന്നു അതെന്താണ് സിദ്ധമായ അദ്വൈതഭാവം എന്നാണ് ഇവിടെ ഭാഷകാരൻ പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു അദ്വൈത ഭാവമാണ് അസിദ്ധമായി തന്നെ ഇരിക്കും സർവ്വജീവ പ്രത്യക്ഷമായി തന്നെയിരിക്കും അത് അദ്വൈതത്തിന്റെ ദൃഷ്ടാന്തമാണെന്ന് മനസ്സിലാക്കിയാൽ മതി ദൃഷ്ടാന്തരൂപത്തിലെങ്കിലും മനസ്സിലാക്കിയാൽ മതി അദ്വൈതം തന്നെയാണ് പക്ഷേ ആ രീതിയിൽ മനസ്സിലാക്കിയില്ലെങ്കിലും അത് ദൃഷ്ടാന്തരൂപമെന്നെങ്കിലും മനസ്സിലാക്കിയാ അവിടെ ഒരു തരത്തിലുള്ള ചർച്ചയുടെ ആവശ്യം അതിനില്ല അടുത്തനി പറയും പ്രാണബന്ധനം ഈ സൗമ്യ മന ശാന്തോദ്യ ഉപദേശങ്ങളൊക്കെ എടുത്ത് വായിച്ചു നോക്കുക ഏകാഗ്രതയോടെ മനസ്സിലാക്കി നോക്കുക അവിടെയും പറയും എന്താണ് അത് നിർവിശേഷമായ നിർവികല്പമായ അദ്വൈത അവസ്ഥയാണ് സുഷത്തെ അസിദ്ധമായൊരു കാര്യമാണ് അതാണ് ജീവനെ ഈ അദ്വൈത അന്വേഷണത്തിൽ പ്രേരിപ്പിക്കുന്നത് കാരണം മോക്ഷത്തെക്കുറിച്ചുള്ള സങ്കല്പം എന്താണ് ജീവന്റെ ഏറ്റവും വലിയ സങ്കല്പം സർവതന്ത്രസ്വതന്ത്രത അതാണ് അതാണ് ജീവൻ മോക്ഷത്തെ സംബന്ധിച്ചുള്ള സർവപരവമായ സർവോപരിയായിട്ടുള്ള സങ്കല്പം എന്ന് വെച്ചാൽ ഈ ജീവിതത്തെ ബന്ധനമെന്ന് പറയുന്നു വളരെയധികം കെട്ടുപാടുകൾ ജന്മം ജനനം മരണം തുടങ്ങിയ കെട്ടുപാടുകൾ ആ ജീവിതത്തിൽ തന്നെ ചോതുക്കാതെ അനുഭവങ്ങളുടെ ബന്ധനങ്ങൾ അനേക ബന്ധനങ്ങൾ മോക്ഷമെന്നുള്ളതുകൊണ്ട് വാസ്തവത്തിൽ അവൻ ആഗ്രഹിക്കുന്ന അറിഞ്ഞോ അറിയാതെയോ എന്താണ് ഈ ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനമാണ് ശരീരം ഉൾപ്പെടെ ഒരു ബന്ധനമായി അനുഭവപ്പെടുമ്പോൾ അവൻ ആഗ്രഹിച്ചു ഇതിൽ നിന്നെല്ലാം അവർ മോചനം സംഭവിക്കുമോ അങ്ങനെ ഒരു മോചനത്തിനെ കുറിച്ചുള്ള പ്രതീക്ഷ അവന് കൊടുക്കുന്ന എന്താണ് അവന്റെ ഈ പ്രപഞ്ച അനുഭവത്തിൽ ഈ സുഷുപ്തിയാണ് കാരണം ആ സുഷുതിയിൽ സർവബന്ധനങ്ങളും അവിടെ അവസാനിക്കുന്നു അവിടെ ജനനമില്ല ജന്മമില്ല മരണമില്ല സുതൃത്വ ബന്ധനങ്ങളൊന്നുമില്ല സംസാരമേ അവിടെ അപ്രത്യക്ഷമാണ് അപ്പൊ ഈ സ്വാതന്ത്ര്യാനുഭവം അവൻ സദാ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു സുഷുതിയിലൂടെ മോക്ഷത്തെക്കുറിച്ച് പറയുന്നത് എന്താണ് നിത്യവിശ്രാന്തി എന്നാണ് ഈ നിത്യവിശ്രാന്തി അവൻ സദാ സുഷൃതിയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ആ സുഷൃത്തിൽ ആ വിശ്രാന്തിയുടെ അനുഭവമാണ് അവന് വീണ്ടും വിശ്രാന്തിക്ക് വേണ്ടി പ്രേരിപ്പിക്കുന്നത് ആ അനുഭവമാണ് അനുഭവത്തിന്റെ സ്മരണയാണ് അവന് സ്മരിക്കാൻ കഴിയുന്നുണ്ടെന്താണ് ഈ കെട്ടുപാടുകളൊന്നും ഇല്ലാതെ ശാന്തമായി ശിവമായി അദ്വൈതമായി നിലനിൽക്കാൻ കഴിയും അത് ബോധപൂർവമായിട്ടല്ല അബോധപൂർവമായി അത് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടാണ് വീണ്ടും അവിടേക്ക് പോകുന്നത് വിശ്രമിക്കുന്നത് ഇത് അവന് ഒരു നിതാന്ത വിശ്രാന്തിയെക്കുറിച്ച് അന്വേഷണത്തിന് പ്രേരണ കൊടുക്കുന്ന ഈ സുഷൃക്തി തന്നെയാണ് ആ രീതിയിൽ നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നതിന് തന്നെ ഉള്ളു അങ്ങനെ ഒരു അനുഭവമില്ലെങ്കിൽ ആരും മോക്ഷത്തിനുവേണ്ടി പരിശ്രമിക്കത്തും എന്തുകൊണ്ട് മധുരത്തെ അനുഭവിക്കാത്തവൻ എങ്ങനെ മധുരത്തെ നേടാൻ വേണ്ടി പരിശ്രമിക്കും എങ്ങനെ മധുരത്തെ നേടാൻ വേണ്ടി ആഗ്രഹിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ലോകത്ത് മാധുര്യം അനുഭവിക്കാത്ത അത് നേടണമെന്ന് ആഗ്രഹിക്കുകയോ അത് നേടാൻ വേണ്ടി പരിശ്രമിക്കുകയോ ചെയ്തിട്ടില്ല ചെയ്യുന്നുമില്ല മോക്ഷത്തെ വേണമെന്നൊരുവൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ മോക്ഷത്തെ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അത് ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി പരിശ്രമിക്കുന്നത് പക്ഷേ അവിടെ ചില തകരാറുകൾ സംഭവിക്കുന്നുണ്ട് അവന്റെ അറിവ് പൂർണ്ണമാകുന്നില്ല അവന്റെ ആഗ്രഹങ്ങൾ പൂർണ്ണമല്ല അവന്റെ പ്രയത്നം പൂർണമാകുന്നില്ല ആ ഒരു ഭാഗത്തെയാണ് ആചാര്യസ്വാമികൾ പറയുന്നത് അവിദ്യ അല്ലെങ്കിൽ മായ അല്ലെങ്കിൽ അനിർവചനീയം എന്നെല്ലാം പറയുന്നു പക്ഷേ മോക്ഷത്തെ അനുഭവിക്കുന്നത് കൊണ്ടാണ് അവൻ മോക്ഷത്തിനുവേണ്ടി പരിശ്രമിക്കുന്നത് അതാണ് ഇവിടെ മാണ്ഡൂദ്യത്തിൽ മുഖ്യമായും അതുകൊണ്ട് പറയുന്ന എന്താണ് സിദ്ധമേവ നിർവിശേഷത്വം മോക്ഷത്തെക്കുറിച്ച് പറയുന്ന എന്താണ് നിർവിശേഷാവസ്ഥ അസിദ്ധമാണെന്നോ ഒരു ശ്രുതിയും അത് വെളിപ്പെടുത്തി തരേണ്ട കാര്യമില്ല ഒരു ശ്രുതിക്കും അത് വെളിപ്പെടുത്തി തരാനോട്ട് കഴിയത്തുമില്ല സ്വ അനുഭവമല്ലാതെ ആ അനുഭവം സദാസിദ്ധമായിരിക്കുന്നു ഏകഞ്ച സത്യവേദസിദ്ധം ഭവിഷ്യതി അതുകൊണ്ട് ആ ഒരു അനുഭവം നമുക്കിരിക്കുന്നത് കൊണ്ട് ആ അനുഭവത്തിൽ നമ്മൾ പ്രതിദിനം കടന്നുപോകുന്നതുകൊണ്ട് എന്താണ് സർവദ്വൈത ഉപമേത അദ്വൈതം സർവദ്വൈതങ്ങളും ഉപശമിക്കുന്നിടത്ത് അദ്വൈതം അതിനത് തെളിവാണ് അദ്വൈതത്തിന് നമ്മുടെ അനുഭവം തന്നെയാണ് തെളിവ് സുഷുതി തന്നെയാണ് ദൃഷ്ടാന്തം നമ്മുടെ സർവദ്വൈതങ്ങളും ഉപസമിക്കുന്നുണ്ട് അതിനും ഈ പറയുന്ന അപൂർണത അല്ലെങ്കിൽ അവ്യക്തത അനുവജനീയത നിലനിൽക്കുന്നു അക്കാര്യം ഇനി പറയും അതുണ്ട് അതുകൊണ്ടെല്ലാം അവസാനിച്ചില്ല അവസാനിച്ചെങ്കിൽ വീണ്ടും നമ്മൾ മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കത്തില്ല അക്കാര്യങ്ങൾ ഇനി വിശദീകരിക്കും അതുകൊണ്ട് സർവദ്വൈതോപശമത്തിലാണ് അദ്വൈതം ആ ദ്വൈതോപശമം സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മത്തിലേക്ക് പോയി കാരണത്തിലേക്ക് പോയി സർവോപരിയായി അവസാനിക്കുന്നു എന്നുള്ള കാര്യമാണ് പറഞ്ഞു വരുന്നത് അതിനുവേണ്ടി ഇവിടെ വൈശ്വാനന്മാരുടെ ഏകത്വം എന്നാണ് ഇവിടെ ഭാഷകാരം വ്യക്ത സൂക്ഷ്മത്തെ കുറിച്ച് പറയുന്നു സ്വപ്നോ അന്ധപ്രജ്ഞ സപ്താംഗ ഏകോനവിംശതി മുഖ പ്രൈജസു ദ്ധീയ പാദ രണ്ടാമത്തെ പാദത്തെക്കുറിച്ച് പറയും സ്വപ്ന സ്ഥാനം അസിയ തൈജസ്വപ്നസ്ഥാന സ്വപ്നം സ്ഥാനമായിരിക്കുന്നവൻ തൈജസൻ സ്ഥാനം എന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ആർക്കെങ്കിലും ഓർമ്മയുണ്ടോയെന്നറിയത്തില്ല സ്ഥാനം എന്ന് പറയുമ്പോൾ മലയാളത്തിന്റെ അർത്ഥമൊന്നും ഈ ശബ്ദങ്ങൾക്കെടുക്കരുത് സ്ഥാനമെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇരിക്കുന്ന സ്ഥാനം സ്വപ്നം ഇരിക്കുന്നതിനുള്ള കസേരയാണ് തേജസന് എന്നല്ല അതിന്റെ അർത്ഥം സ്ഥാനമെന്ന് പറഞ്ഞാൽ അഭിമാനം അജീവന്റെ അഭിമാനം അഭിമാനം എന്ന് പറഞ്ഞാൽ ജീവന്റെ ബോധം സ്വപ്നബോധസ്ഥിതനായിരിക്കുന്നവൻ രണ്ട് ബോധങ്ങളെ കുറിച്ച് പറയുകയാണ് ജാഗ്രത് ബോധവും സ്വപ്നബോധം ഉണർവും സ്വപ്നവും സ്വപ്നവും ഉണർവ് തന്നെയാണ് എന്നാലും ഇവിടെ ശ്രുതി രണ്ടും നമ്മിന് വ്യത്യാസത്തെ സ്വപ്നത്തെ കുറിച്ച് പറയുമ്പോൾ എന്ത് പറയുന്നു പ്രവിവിക്തെന്ന് പറയുന്നു വിവിക്തത്തെ ഭജിക്കുന്നവൻ പലതരത്തിലർത്ഥം പറയുന്നുണ്ട് സൂക്ഷ്മത്തെ അനുഭവിക്കുന്നവൻ ഏകാന്തത്തിൽ അനുഭവിക്കുന്നവൻ ഏകത്തെ അനുഭവിക്കുന്നവൻ ഇങ്ങനെയല്ല അതിനർത്ഥം പറയാം പക്ഷേ വിഷുവിനെ കുറിച്ച് പറഞ്ഞപ്പോ എന്ന് പറഞ്ഞു ഉണർവിനെ കുറിച്ച് പറഞ്ഞപ്പോ എന്ന് പറഞ്ഞു അവൻ സ്ഥൂലഭുക്കാണ് ആണ് രണ്ടു നമ്പർ വരുന്ന വ്യത്യാസം ആ ഒരു വ്യത്യാസം നമ്മൾ സദാ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യാസം തന്നെ നമുക്കറിയാമല്ലോ വ്യാകരത്ത് ഉണർന്നിരിക്കുന്ന ഈ അറിവും സ്വപ്നവും രണ്ടു വന്ന രണ്ടും രണ്ടും തന്നെയാണ് ഇതിനെ നമ്മൾ സ്വപ്നം വന്ന് വിളിക്കാറില്ല ഇതിന ഉണർവന്നാം സ്വപ്നത്തിൽ നിന്ന് ഉണർന്നതിന് ശേഷം നമ്മൾ പറയും എന്താണോ ഇതുവരെ സ്വപ്നമായിരുന്നു ഇപ്പം ഞാൻ ഉണർന്നു രണ്ടും തമ്മിലൊരു വ്യത്യാസം ശാസ്ത്രം പറയാതെ തന്നെ അതിനെവിടെയും വിശദീകരിക്കുന്നു അങ്ങനെയുള്ള ആ സ്വപ്നം എന്ന ഉണർവ് ആ ഉണർവിൽ അഭിമാനമായിരിക്കുന്നവൻ അതാണ് സ്വപ്നസ്ഥാനിയായിരിക്കുന്നവൻ തൈജസൻ തേജസ് എന്ന് പറയുന്നത് ഇവിടെ പറയും സ്വപ്നത്തിന്റെ മനഃസ്പന്ദനങ്ങൾ അതിനാണ് തേജസ് എന്ന് പറയുന്നത് ആ തേജസ്സിൽ അഭിമാനിച്ചുകൊണ്ടിരിക്കുന്നവൻ അഭിമാനിക്കുക എന്ന് പറഞ്ഞാൽ കൽപ്പിച്ചുകൂട്ടിയൊന്നും ചെയ്യുന്നതല്ല അതിൽ അഹംബോധത്തോടുകൂടിയിരിക്കുന്നവൻ അഹം സ്മരണത്തോടുകൂടിയിരിക്കുന്നവൻ തൈജസ്സൻ എന്ന് പറയുന്നത് സ്വപ്നസ്ഥാന അടുത്ത് പറയുന്നു ജാഗ്രപ്രജ്ഞ അനേക സാധന ബഹിർഭുഷയായി അവഭാസമാന മനസ് പന്തമാത്രാ സതി തഥാഭൂതം സംസ്കാരം മനസ്സിൽ ഇവിടെ ജാഗ്രത് പ്രജ്ഞയെക്കുറിച്ച് പറയും ജാഗ്രത എന്ന് പറയുന്നത് ഈ ഉണർവും അതിന് ജാഗ്രത് പ്രജ്ഞ സ്വപ്നപ്രജ്ഞയായിട്ട് കാര്യമായ വ്യത്യാസം അതാണ് ഇവിടെ പറയുന്നത് രണ്ടു ഏകമാണെന്നും പറയും അത് പ്രജ്ഞയുടെതരം മറ്റു പലതരത്തിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ചിവിടെ പറയും ഈ ജാഗ്രത് ബോധം ജാഗ്രത അഭിമാനം അഹംബോധം അനേക സാധന ഈ ജാഗ്രത് ബോധത്തിന് അനേക സാധനങ്ങൾ വേണം എന്തൊക്കെയാണ് വേണ്ടത് ഒന്ന് ഈ സ്ഥൂലമായ ശരീരം വേണം നമുക്ക് ജാഗ്രത് ബോധം ഉണ്ടാകത്തു ഈ സ്ഥൂലമായ ശരീരത്തിലൂടെ ഗ്രഹിക്കേണ്ട ശബ്ദസ്പർശരൂ പരിസാതി വിഷയങ്ങൾ പുറമേ വേണം ഇതിനെയെല്ലാം ഈ ശരീരത്തെയും ബാഹ്യപ്രപഞ്ചത്തെയും ബന്ധപ്പെടുത്തുന്നതിനുള്ള ഇന്ദ്രിയങ്ങൾ വേണം ജ്ഞാനേന്ദ്രിയങ്ങൾ വേണം അതിനെ ക്രിയ അർത്ഥമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കർമ്മേന്ദ്രിയങ്ങൾ വേണം ഉള്ളിൽ അന്ധക്കരണം വേണം മനസ്സും ബുദ്ധിയും ചിത്തവും എല്ലാം വേണം അന്ധകരണ പരിണാമമായ വേണം സംസ്കാരങ്ങൾ വേണം നിരവധി കാരണങ്ങൾ വേണം അത് പറയുന്നു അനേക സാധന ഈ ജാഗ്ര പ്രജ്ഞ അനേക സാധനങ്ങളെ ആശ്രയിച്ചു നിൽക്കുന്ന സ്ഥൂലവും സൂക്ഷ്മവുമായിട്ടുള്ള ബാഹ്യമായ ശരീരം തൊട്ട് ബാഹ്യവുമായ സ്ഥൂലമായ ഉപകരണങ്ങൾ ഉള്ളിലേക്ക് സൂക്ഷ്മമായ ഉപകരണങ്ങൾ ഇതിനെല്ലാം ആശ്രയിക്കുന്നതും ബഹിർവിഷയ ഇവ അവഭാസമാണ് അവഭാസം പ്രതീതി ഉണർവ് എങ്ങനെ ബഹിർവിഷയ ഇവ ബാഹ്യ വിഷയങ്ങൾ എന്നതുപോലെ പ്രജ്ഞയിൽ വാസ്തവത്തിനുള്ളും പുറമില്ല എന്നാലും പ്രജ്ഞ ഉള്ളിലും വിഷയങ്ങൾ പുറമേയും എന്നതുപോലെ അതാണ് ബാഹ്യവിഷയ ഇവ ഇതനുഭവപ്പെടുന്നത് ഉള്ളും പുറവും ഇല്ലാത്തതിന് ഉള്ളും പുറവും അനുഭവപ്പെടുന്നു ഞങ്ങൾ പറയുന്നില്ലേ എന്റെ അറിവ് എന്റെ ഉള്ളിൽ ഇവിടെ ഞാൻ ആരാണ് പ്രജ്ഞാനറിയുന്നത് ശരീരത്തിന് പുറത്ത് ഇവ അവിടെ പറയുന്നു ഉള്ളും പുറവും അതില്ലാത്ത പ്രജ്ഞയും കല്പിക്കുന്നു അതാണ് വിഷയ യുവ എന്ന് പറഞ്ഞു ആ കൽപ്പന ആരോപിതമാണ് പരമാർത്ഥമല്ല അതിന്റെ ഉപശമമാണ് പ്രപഞ്ച ഉപശമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ബെറുവിഷയ ഇവ അവഭാസമാണ് അതങ്ങനെ പ്രതീതമാകുന്നു അതാണ് ജാഗ്രത സ്ഫുരണം എന്ന് പറയുന്നു ഉണർവ് എന്ന് പറയുന്നു അതൊരു പ്രതീതിയാണ് ഒരനുഭവമാണ് അനുരുവചനീയമായ അനുഭവം എന്ന് പറയുന്നത് അതെന്താണ് വാസ്തവത്തിൽ മനസ്പന്ദ മാത്ര മനസ്സിന്റെ സ്പന്ദനമാണത് മനസിന്റെ സ്പന്ദനമെന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം അത് വ്യക്തമാക്കിയതാണ് ജാഗ്രതയെ കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും നമ്മുടെ സങ്കല്പങ്ങളെന്നോ ചിന്തകളെന്നോ ഒന്നും അർത്ഥമെടുത്തതായിരുന്നു ജ്ഞാനരൂപത്തിലും വിഷയരൂപത്തിലും ഈ നിൽക്കുന്നത് മനസ്സിന്റെ കേവല സങ്കല്പങ്ങളാണെന്നെടുക്കരുത് അത് മനസ്സിന്റെ ഒരു തരത്തിലുള്ള സ്പന്ദങ്ങളാണ് സങ്കല്പം എന്ന് പറയുന്നത് ആ മനസിന്റെ ഒരു തരത്തിലുള്ള സ്പന്തങ്ങൾ അല്ല ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു അത് പ്രപഞ്ചത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ സങ്കല്പങ്ങളെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ കാണുന്നത് എന്റെ സങ്കല്പമാണ് എന്റെ സങ്കല്പത്തിനാൽ അപ്പുറം ഇല്ല എന്ന് നമ്മൾ പറയുമ്പോൾ വലിയൊരു തെറ്റിദ്ധാരണയാണ് ശരിയല്ല നമ്മൾ ധരിക്കുന്നു അപ്പോൾ നമ്മൾ എന്ത് ധരിച്ചു പോകുന്നു ഞാൻ സങ്കല്പിച്ചതുകൊണ്ടാണ് ഈ വസ്തു ഇവിടെ ഉണ്ടായത് ധരിക്കും സ്വാമി പ്രസംഗിക്കാറുമുണ്ട് അങ്ങനെയല്ല നമ്മുടെ സങ്കല്പം കൊണ്ട് നമുക്ക് സ്ഥൂലമായ ഒരു വസ്തുവിനെ സൃഷ്ടിക്കാം അങ്ങനെയാണെങ്കിൽ കാര്യം എത്ര എളുപ്പമായി ഞാൻ സങ്കല്പിക്കുന്നു ലഡു ഉടനെ വയറും നിറഞ്ഞു ഭക്ഷണം കഴിക്കുന്ന ജോലി കൂടിക്കും കാരണം സങ്കല്പം കൊണ്ടാണിതെല്ലാം സൃഷ്ടിക്കുന്നതെങ്കിൽ വയറ്റിന്റെ അകത്ത് ലഡ്ഡുവിനേയും സൃഷ്ടിക്കാം നടക്കുന്നുണ്ട് സങ്കല്പം കൊണ്ട് സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നത് അബദ്ധമാണ് മനസ്സ്പന്തോന്ന് പറയുന്നത് അതല്ല നമ്മൾ നമ്മളുടെ സങ്കല്പുപറയുന്നത് എന്താണ് നമ്മുടെ വികാര വികാരങ്ങളാണ് സങ്കല്പമെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ ഒരു ചെറിയൊരു അംശം മാത്രമാണ് ആംശത്തിനങ്ങനെ ഈ സൃഷ്ടിയെ നടത്താൻ പറ്റും അങ്ങനെയാണെങ്കിൽ ഈ പുസ്തകം കാശ് കൊടുത്ത് വാങ്ങേണ്ട കാര്യമില്ല ിരുന്നിട്ട് ഒന്ന് സങ്കല്പിച്ചാ മതി ഇവിടം പ്രസവം മുമ്പിലായി പിന്നെ അത് വായിച്ചാൽ മതി ഒന്നും വേണ്ട അതിനെ വായിക്കേണ്ട ആവശ്യമില്ല സംഗതിയാകെ തകരാറിലാവും സങ്കല്പം കൊണ്ടുകൂടെ എന്തെങ്കിലും സൃഷ്ടിക്കപ്പെട്ടിരുന്നെങ്കിൽ ഈശ്വരന് കഴിയും ശുദ്ധ പുരുഷന്മാർക്ക് കഴിയുമെന്ന് ശാസ്ത്രങ്ങളിൽ പറയുന്നു സങ്കല്പ സൃഷ്ടിച്ചു അല്ലാതെ ജീവൻ എന്തായാലും അത് സങ്കല്പം കൊണ്ട് സൃഷ്ടിക്കാൻ പറ്റില്ല ഈ കാണുന്ന ഒന്നും നമ്മുടെ സങ്കല്പവുമല്ല നമ്മുടെ സങ്കല്പം സൃഷ്ടിച്ച ഒന്നും നമ്മുടെ മുമ്പിലില്ല അതുകൊണ്ടിവിടെ ഭാഷകാരം പറയുന്നത് എന്താണ് അത് മനസ്സ്പന്ദ മാത്ര മനസ്സ്പന്ദനങ്ങളാണെന്ന് പറയും മനസ്സ്പന്ദനം എന്ന് പറയുമ്പോൾ അത് വളരെ വിപുലമായൊരു അർത്ഥത്തിലാണ് ഇവിടെ വ്യാഖ്യാതവ് പറയും അവിദ്യാ പരിണാമമാണെന്ന് പറയും ഇതിന് സാങ്കേതികമായ ചർച്ചകൾ അദ്വൈതത്തിൽ പല ഭാഗങ്ങളും വരുന്നുണ്ട് ഇതെന്താണ് അവിദ്യയുടെ പരിണാമമാണോ അതെ മനസ്സിന്റെ പരിണാമമാണോ ഇത്തരം ആശയങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ വളരെ വിപുലമായി വരുന്നുണ്ട് നമ്മളിപ്പോ അവിടേക്കൊന്നും കിടക്കേണ്ട കാര്യമില്ല അതിനെല്ലാം പ്രക്രിയ ഭേദങ്ങളെന്ന് പറയും പലതരത്തിലുള്ള ചിന്താ രീതികൾ അതല്ല ഇവിടെ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ഈ സമ്പൂർണ്ണ പ്രപഞ്ചവും മനസ്സിന്റെ സ്പന്ദനങ്ങളാണ് നമ്മുടെ സങ്കല്പം ഉൾപ്പെടെയുള്ളത് അപ്പൊ മനസ്സെന്ന് പറയുന്നത് നമ്മൾ കരുതുന്നത് പോലെ നമ്മുടെ കേവലം വികാര വിചാരൂപങ്ങൾ മാത്രമല്ല അതിനെ മാത്രമല്ല ഇവിടെ മനസ്സെന്ന് പറയുന്നപ്പോ എന്തായി ഈ പ്രപഞ്ചത്തിന് തന്നെ ഉപാദാനമായിരിക്കുന്നവണ് അതിനെ തന്നെ വേറെ തരത്തിൽ എന്ന് പറയും വേറെ തരത്തിൽ അവിദ്യയെന്ന് പറയും ആ ശബ്ദങ്ങൾ കൊണ്ടൊന്നും നമുക്ക് ബോധിക്കാൻ വയ്യാത്തതും എന്നാ ശബ്ദങ്ങളിലൂടെ വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നതുമായ ഒന്നും എന്നേ പറയാൻ പറ്റും നമ്മൾ മനസ്സെന്ന് കേൾക്കുമ്പോൾ പുസ്തകം ഒന്ന് കേട്ടും കേട്ടപ്പോൾ ആ വസ്തുവിനെ ഗ്രഹിച്ചതുപോലെ നമ്മളൊരു വസ്തുവിനെ ഗ്രഹിച്ചിട്ടില്ല അങ്ങനെ ഒരു വസ്തുവിനെ ബോധം നമുക്കുണ്ടായിട്ടില്ല നമുക്ക് അങ്ങേയറ്റം നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്താ നമ്മുടെ ചില വികാര വിചാരങ്ങളെയാണ് നമ്മൾ മനസ്സെന്ന് പറഞ്ഞറിയുന്നത് അതാണോ ഈ പ്രപഞ്ചത്തിന് ഉപാധാനമായിരിക്കുന്നത് അങ്ങനെയാണെന്ന് കരുതിയാൽ അതിനും വലിയൊരു വലിയൊരു അബദ്ധമുണ്ട് അങ്ങനെ വ്യാഖ്യാനിച്ചത് ആണ് ഈ വേദാന്തത്തിന് ആൾക്കാർ പരിഹസിക്കും എന്താണ് സ്വാമി ഉത്സവപ്പറമ്പിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കും ഇതെല്ലാം സങ്കല്പമാണ് സങ്കല്പില്ല ഇതൊന്നുമില്ല എന്ന് പറയും ഇയാള് സങ്കല്പിച്ചാണ് ഇയാളുടെ അച്ഛനെ അമ്മയൊക്കെ ഉണ്ടാക്കിയെന്നയാൾ പറയുന്നത് എന്ത് ബുദ്ധിമോസ്സാണെന്ന ആലോചിച്ചത് ഇതിനും വലിയൊരു അബദ്ധം പറയാനുണ്ട് എന്നാലും കേട്ടോണ്ടിരിക്കുന്നവരും അത് കൈയ്യടിച്ച് അംഗീകരിക്കും അതല്ല ഇവിടെ പറയുന്നത് നമ്മുടെ സങ്കല്പങ്ങൾ കൊണ്ടുണ്ടാകുന്ന എന്താണ് വെറും സങ്കല്പങ്ങൾ മാത്രം പ്രത്യേകിച്ചൊന്നും ഇവിടെ ഉണ്ടാകത്തില്ല കൊണ്ട് സങ്കല്പമേ ഉണ്ടാകത്തുള്ളൂ മറ്റൊരു വസ്തുണ്ടാകത്തില്ല അതുകൊണ്ട് പറയുന്ന എന്താണത് മനസ്സ്പന്ദനമാണ് പ്രപഞ്ച ഉപാദാനമായിരിക്കുന്ന ആ ശക്തി വിശേഷത്തിന്റെ സ്പന്ദനമാണത് എന്ന് പറയും സ്പന്ദമെന്നോ അത് പറയാം അതിനെ പല രീതിയിൽ പറയും അത് കൈവല സങ്കല്പങ്ങളെ കുറിച്ചല്ല ഇവിടെ പറയുന്നു അതാണ് ഈ പ്രപഞ്ചരൂപത്തിൽ ഭാഷിക്കുന്നത് ആ പ്രപഞ്ചഭാവങ്ങളെ അറിഞ്ഞുകൊണ്ട് നിൽക്കുന്നതോ അത് ഈ മനസ്സന്ധങ്ങൾ തന്നെ എന്ന് പറയും അത് നിഷ്കൃഷ്ടമായി അതിനെ പരിശോധിച്ച് ഒരു വസ്തുരൂപത്തിന് അനുഗ്രഹിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന പ്രാപഞ്ചികമായ പദാർത്ഥങ്ങളെ നമ്മളെന്താണ് വസ്തുനിഷ്ഠമായ പരീക്ഷണങ്ങളിലൂടെ നമ്മളെ ബുദ്ധിക്ക് ബോധ്യപ്പെടും അങ്ങനെ ഇപ്പോൾ പുസ്തകം എന്ന് പറഞ്ഞാൽ നമുക്കത് ബോധ്യപ്പെടും പുസ്തകം എന്ന് പറയുന്നത് അത് കടലാസാണ് അതൊരു മഷിയുണ്ട് പിന്നെ കടലാസ് എന്താണ് അതിന്റെ പിന്നിലേക്ക് പിന്നിലേക്ക് പോയി അതിന്റെ മൂലകങ്ങളിൽ വരെ എത്തിച്ചേർന്ന് വസ്തുനിഷ്ഠമായി പഠിച്ച് ഇന്നതാണ് ആ വസ്തു നമുക്ക് ധരിക്കാം അതിനെ നമുക്ക് ഉപയോഗിക്കാം അതിന് പല പരിവർത്തനങ്ങളും വരുത്താം അതുപോലെ വസ്തുനിഷ്ഠമായ ഒരു പഠനത്തിന് വിഷയമാക്കാൻ പറ്റിയല്ല മനസ്സെന്ന് പറയും എന്തുകൊണ്ടാണ് അതല്ലാത്തത് കാരണം മനസ്സിനെ വസ്തുനിഷ്ഠമായി ഒരിക്കലും പഠിക്കാൻ കഴിയത്തില്ല ഒരു കാരണവശാലും ഒരു സയൻസിനും ഒരു ശാസ്ത്രജ്ഞനും കഴിയത്തില്ല എന്തുകൊണ്ടാണ് കഴിയാത്തത് മനസ്സിനെ പഠിക്കാൻ ശ്രമിക്കുന്ന മനസ്സ് തന്നെയാണ് മനസ്സ് സ്വയം ആത്മനിഷ്ഠമായ ഒരു വസ്തുവാണ് അതിനെങ്ങനെ വസ്തുനിഷ്ഠമായി പഠിക്കാൻ പറ്റും സാധ്യമല്ല അത് നമ്മൾ വിരൽ തുമ്പുകൊണ്ട് അതേ വിരൽ തുമ്പിൽ തൊടാൻ ശ്രമിക്കുന്നതുപോലെയാണ് അതുകൊണ്ടാണ് ആത്മനിഷ്ഠമായി മാത്രം നിലയുള്ള ഒന്നിനും വസ്തുനിഷ്ഠമായി പഠിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അതെന്താണ് മനസ്സ് അതെങ്ങനെ സ്പന്ദിച്ചു എത്ര സ്പന്ദിച്ചു എന്ന് സ്പന്ദിച്ചു എന്നെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവില്ല ആ ചോദ്യങ്ങളിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് എന്താണ് വസ്തുനിഷ്ഠമായ ആ വിഷയത്തെ സംബന്ധിച്ചുള്ള അറിവാണ് നമ്മൾ ആർജിക്കാൻ ശ്രമിക്കുന്നത് ആത്മനിഷ്ഠമായിരിക്കുന്ന ഒന്നിനെ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത് അത് അനുർവചനീയമാണ് അവാച്യമാണ് അഗ്രാഹ്യമാണ് അങ്ങേറ്റം നമുക്ക് അതിനെ കുറിച്ച് എന്താണ് അത് ആത്മസ്വരൂപമാണ് എന്ന് ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ മനസ്സെന്ന് പറയുന്നതിന് പ്രത്യേകമായ ഒരു നിലനിൽപ്പ് അവിടെയില്ല ആധ്യാത്മിക ശാസ്ത്രങ്ങളിലെല്ലാം അവസാനം അതിനെ ആത്മസ്വരൂപമായി നിർണയിച്ച് അവസാനിപ്പിക്കുകയാണ് അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ മുന്നോട്ടതിലൊന്നും നമുക്ക് നടത്താൻ നിവർത്തിക്കില്ല അതിന്റെ ഒരു അംശം മാത്രമാണ് നമ്മുടെ സങ്കല്പങ്ങൾ നമ്മുടെ ദുർബലമായ സങ്കല്പങ്ങൾ അജ്ഞാനകാര്യമായിരിക്കുന്ന സങ്കല്പങ്ങൾ ഈ സങ്കല്പങ്ങൾക്കൊരിക്കലും ഒരു പ്രപഞ്ചത്തെയും സൃഷ്ടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടിവിടെ മനഃസ്പന്ദം എന്ന് പറയുമ്പോൾ നമ്മുടെ സങ്കല്പമാണ് സങ്കല്പം കൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹത്തിൽ പറയുന്നത് എന്നാരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിലും അത് മാറ്റണം ഇവിടെ അങ്ങനെ ധരിച്ചിട്ടുള്ളവരാരും കാണത്തില്ലെന്നാണ് എന്റെ വിശ്വാസം മനഃസ്പന്ദ മാത്ര സതി തഥാഭൂതം സംസ്കാരം മനസ്സി ആധത്തെ ഈ ജാഗ്രപ്രജ്ഞ ഈ ബോധം ഉണർവ് അനേക സാധനങ്ങളോടുകൂടി മറ്റ് പല ഉപകരണങ്ങളെ ആശ്രയിച്ച് അകവും പുറവും പോലെ നിന്നുകൊണ്ട് എന്നാൽ പരമാർത്ഥത്തിൽ കേവലം മനസ്സന്ധം മാത്രമായിരുന്നു കൊണ്ട് ജാഗ്രതലെന്ത് ചെയ്യുന്നു ഈ അനുഭവങ്ങളിൽ നിന്നെല്ലാം തഥാഭൂതം എങ്ങനെയാണോ അനുഭവം അതുപോലെയുള്ള സംസ്കാരത്തെ മനസ്സിൽ തന്നിൽ തന്നെ ആർജിക്കുന്നു എങ്ങനെ ഈ ജാഗ്രത് ബോധത്തിൽ നിന്നും ജീവൻ സ്വപ്നബോധത്തിലേക്ക് പോകുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത് ഈ ജാഗ്രതത്തിലെ ഉണർവ് സംസ്കാരത്തെ ആർജിക്കുന്നു ആ സംസ്കാരത്തെ ആർജിച്ചിട്ട് തന്മ മനസ്സ തഥാ സംസ്കൃതം ചിത്രതയോ പടോ ബാഹ്യസാധന അനപേക്ഷം അവിദ്യ കാമ കർമ്മഭീ പ്രേരിയമാണ് ആ മനസ്സെന്ത് ചെയ്യുന്നു ഇതെല്ലാം മനസ്സാണ് ജാഗ്രത് എന്ന് പറയുന്നതും സ്വപ്നമെന്ന് പറയുന്നതും മനസ്സാണ് മനസ്സെന്ന് പറയുമ്പം ഞാൻ ഒരുകെ കൂടി പറയുന്നത് നമ്മളെ വികാര വിചാരങ്ങളെന്ന് അവിടെ അർത്ഥം അതല്ല അനിർവചനീയമായ മനസ്സ് നമുക്ക് പിടികിട്ടാത്തതായ മനസ്സ് അവിദ്യയെന്നോ മായയെന്നോ ഒക്കെ വിളിക്കാമെന്നുള്ള മനസ്സ് അല്ലെങ്കിൽ പ്രപഞ്ചകാരണമായിരിക്കുന്ന ഒരു ശക്തി വിശേഷം എന്നെങ്കിലും മനസ്സിലാക്കും നമ്മുടെ വികാര വികാരങ്ങളെന്ന് മനസ്സിലാക്കാതിരിക്കുക ആ മനസ്സ് തഥാ സംസ്കൃതം വ്യാഗ്രത്തിലെ അനുഭവങ്ങളിൽ നിന്നും സംസ്കരിക്കപ്പെട്ട് അതിൽ നിന്നും അതിന്റെ എന്തോ ഗുണപരിവർത്തനങ്ങൾ സംഭവിച്ച് ചിത്രതൈവപ്പെടൂ ചിത്രം വരച്ച ഒരു പടത്തെപ്പോലെ പടമെന്ന് വെച്ചാൽ വസ്ത്രം വസ്ത്രത്തിൽ പടം വരച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് വസ്ത്രത്തെ വസ്ത്രമായി കാണാൻ കഴിയുന്നുണ്ട് പിന്നെ നമ്മൾ എന്ത് പറയും ചിത്രമെന്ന് പറയും അതാണ് നമുക്ക് പറ്റുന്നൊരബദ്ധ വസ്ത്രം പടം വരയ്ക്കാത്തടത്തോളം കാലം നമ്മൾ അതിനെ വസ്ത്രം എന്ന് പക്ഷെ അതിൽ കൊടം വരച്ചു കഴിഞ്ഞാൽ നമ്മൾ വസ്ത്രമെന്നുള്ള കാര്യം വിട്ടിട്ട് അതിന് ചിത്രം എന്ന് വിളിക്കുന്നു അതിനെ കുറിച്ചുള്ള നമ്മളത് സങ്കല്പമേ മാറിക്കും അതുപോലെ ജാഗ്രതത്തിൽ ഇല്ല ഈ ഉണർവ് ഈ ഉണർവ് തന്നെയാണ് മനസ്സ് അത് ഈ ജാഗ്രതത്തിലെ ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് അതിനൊരു വിശേഷതയുണ്ടാകുന്നതാണ് ആ സംസ്കാരം ആ സംസ്കാരത്തോടുകൂടി ചേരുമ്പോ അത് സ്വപ്നത്തിന് ഉണർവായി മാറുന്നു ആ മാറുന്നിടത്തൊരു ചെറിയ പ്രവർത്തനം നടക്കുന്നു അങ്ങനെ മാറുന്നേ ജാഗ്രതത്തിലെന്താണ് ബാഹ്യസാധനം അവിടെയുണ്ട് ജാഗ്രതത്തിൽ ഉണർവിന് ബാഹ്യ സാധനങ്ങൾ ആവശ്യമാണ് ബാഹ്യ സാധനം എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്ദ്രിയങ്ങളും ശരീരവും ബാഹ്യവിഷയങ്ങളും അതിനെ അനപേക്ഷിച്ച് അപേക്ഷിക്കാതെ അതാണ് സ്വപ്നം ഈ ഉണർവ് ഈ ബാഹ്യവുമായി ഒന്നിനെ അപേക്ഷിക്കാതെ അവിദ്യ കാമകർമ്മീ പ്രേരിയമാണ് ആ മനസ്സിൽ തന്നെ മനസ്സിന്റെ തന്നെ സ്വരൂപമായിരിക്കുന്ന അവിദ്യ ആ മനസ്സിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്ന കാമബീജങ്ങൾ കർമ്മബീജങ്ങൾ ഇതെല്ലാം കൊണ്ട് ഇതെല്ലാം അതിന് എവിടെ നിന്ന് വരുന്നു ഈ ജാഗ്രത്തിൽ നിന്ന് കിട്ടുന്ന ചിലതെല്ലാം അദായി തന്നെ ഇരിക്കുന്നു ചിലത് ഉണർവിൽ നിന്നാണ് അത് ജാഗ്രത്തിൽ ഈ സ്ഥൂലങ്ങളായ ഉപാധികളെ ആശ്രയിച്ച് നിലനിൽക്കുന്ന ഈ ഉണർവിൽ അത് ആർജിക്കുന്നു പലതും ചിത്രമില്ലാതെ വസ്ത്രമില്ലാതെ ചിത്രം എഴുതാൻ വയ്യ വസ്ത്രത്തിന്റെ സ്ഥാനത്ത് മനസ്സിൽ നിൽക്കുന്നു അതിന് ചിത്രത്തിന്റെ സ്ഥാനത്ത് ഈ ആർജിക്കുന്നതല്ല നിൽക്കുന്നു പവിദ്യ കാമ കർമ്മങ്ങളെക്കൊണ്ട് പ്രേരിപ്പിച്ചിട്ട് പ്രേരിപ്പിക്കാന്ന് പറയുന്നത് എന്താണോ വീണ്ടും ഈ അറിവിൽ ചലനങ്ങളെ ഈ ഉണർവിൽ വീണ്ടും ചലനങ്ങളെ അതായത് ഈ പ്രജ്ഞ ജീവന്റെ ഈ പ്രജ്ഞ ഈ ഉണർവ് എപ്പോഴാണോ ീ ശരീരം ബാഹ്യമായ വിഷയങ്ങൾ ഇതിനെയെല്ലാം ആശ്രയിച്ചിട്ട് ഉണരുന്നത് സ്വയം അത് ഉണർവ് തന്നെയാണ് സ്വയം അത് വസ്ത്രത്തിന്റെ സ്ഥാനത്ത് നിൽക്കുകയാണ് പക്ഷേ ഇതിനെയെല്ലാം ആശ്രയിച്ചിട്ട് ഉണർന്നിരിക്കുമ്പോൾ നമ്മൾ അതിനെന്ത് പറയും ജാഗ്രത അതിനെ നമ്മൾ ഉണർവെന്ന് പറയും ഇതിനെയൊന്നും ആശ്രയിക്കാതെ ഇത് ഉണരുമ്പോൾ ഈ ഉണർവ് തന്നെ ഉണർവിലൊരു ഉണർവ് വരും അപ്പോൾ അതിന് സ്വപ്നം എന്ന് പറയുന്നു ഇത്രയുള്ള വ്യത്യാസം അതിന് നമ്മൾ സുഷുപ്തിയുമായി ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല സ്വപ്നത്തിൽ സുഷുപ്തിയിലാണ് സ്വപ്നം എന്ന് നമ്മൾ ധരിക്കേണ്ട കാര്യങ്ങൾ സുഷുതി ഒരു തരത്തിൽ ഇനി ചെല്ലുമ്പോൾ പറയാം അത് ജാഗ്രതയിലുണ്ട് സ്വപ്നത്തിലുമുണ്ട് സുഷുതിയിൽ സുഷുപ്തിയുടെ പൂർണ്ണത പ്രത്യേകം വരുന്നതാണ് നമുക്ക് പൂർണമായ വിസ്മൃതി സംഭവിക്കുന്നത് പക്ഷേ ജാഗ്രത സ്വപ്നത്തിലല്ല സുഷുപ്തി കണ്ട് ജാഗ്രത സ്വപ്നവും തമ്മിൽ ഇത്രയേ ഉള്ളൂ വ്യത്യാസം രണ്ടിടത്തും ഉണർവ് ഒരുപോലെ നിന്നെ ഒരു സ്ഥലത്ത് വിസ്തൂല സൂക്ഷ്മങ്ങളായ നിരവധി കാര്യങ്ങളെ ആശ്രയിക്കുമ്പോൾ ഇതിനെ ആശ്രയിച്ച് ഇതിൽ ഒരു സംസ്കാരം ആ സംസ്കാരം തന്നെ ഇതിനെ വീണ്ടും ഒന്നുകൂടി ഉണർത്തുന്നു അല്ലെങ്കിൽ ഇതിൽ മറ്റൊരു തരത്തിലുള്ള ഉണർവിനെ ഉണ്ടാക്കുന്നു അതാണ് സ്വപ്നം അപ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള ഉണർവ് സ്വപ്നത്തിൽ മറ്റൊരു തരത്തിലുള്ള ഉണർവ് ഇവിടെ വ്യത്യാസം വരുന്നത് എന്താണ് ഈ രണ്ട് ഉണർവിനെയും സൃഷ്ടിക്കുന്നതിന് ഉപയോഗിച്ച ആ കരണങ്ങളുടെ വ്യത്യാസമാണ് സ്വപ്നത്തിന് അവിദ്യാകാമകർമ്മങ്ങളാണ് ആ ഉണർവിനെ സൃഷ്ടിച്ചത് പ്രജ്ഞയില പ്രജ്ഞയെ സൃഷ്ടിച്ചത് ജാഗ്രതത്തിൽ ഈ പ്രജ്ഞയില പ്രജ്ഞയെ സൃഷ്ടിക്കുന്നത് ഈ കാണുന്നതല്ല നമുക്ക് അനുഭവവേദ്യമായിരിക്കുന്ന രണ്ടും തമ്മിലുള്ള സാധർമ്മ്യം എന്താണോ രണ്ടിടത്തും ഒരേ പ്രജ്ഞത രണ്ടിടത്തും ഒരേ വസ്ത്രത്തിൽ തന്നെയാണ് ചിത്രം എഴുതിയിരിക്കുന്നത് ഭിത്തിക്ക് വ്യത്യാസം ചിത്രങ്ങൾക്ക് വ്യത്യാസം ഒരേ തുണിയിൽ തന്നെ വിഭിന്ന കായങ്ങൾ ഉപയോഗിച്ച് ചിത്രം വരച്ചെറുപോയി വിഭിന്ന തൂലികകൾ ഉപയോഗിച്ച് ചിത്രം വരച്ചതുപോലെ വിളവെക്കുക ഒരേ പ്രജ്ഞയിൽ തന്നെ ഇവിടെ ചില ഉപകരണങ്ങളെ ആശ്രയിച്ച് ചിത്രം വരയ്ക്കുമ്പോൾ നമ്മൾ പറയില്ല ഉണർന്നിരിക്കുന്നു മറ്റ് നമുക്കിപ്പോൾ അജ്ഞാതമായിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇച്ഛയനുസരിച്ച് നമ്മുടെ സ്വാതന്ത്ര്യം നമുക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത ചായങ്ങളും തൂലികയും ഉപയോഗിച്ച് ചിത്രം വരയ്ക്കുമ്പോൾ പറയും അത് സ്വപ്നമാണ് ഇതേയുള്ള രണ്ടും നമ്പില് വ്യത്യാസം വ്യത്യാസമുണ്ട് രണ്ടു ഒന്നൻ ആത്യന്തികമായി ഇത് രണ്ടും പരമാർത്ഥമല്ല ചിത്രമെന്തായാലും പരമാർത്ഥമല്ല ഭിത്തിയാണ് പരമാർത്ഥം അല്ലെങ്കിൽ വസ്ത്രമാണ് പരമാർത്ഥം എന്നതുകൊണ്ട് പറയും എന്താണ് ഇതും സ്വപ്നം തന്നെയെന്ന് പറയും അല്ലെങ്കിൽ ഇതും സ്വപ്നം പോലെയാണെന്ന് പറയും ഇത് സ്വപ്നം തന്നെയെന്ന് പറയുമ്പോൾ തന്നെ മുഖ്യാർത്ഥത്തെ എടുക്കണ്ട അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വപ്നം പോലെയാണ് അത് പരമാർത്ഥമല്ല എന്നൊരു അംശത്തിലാണത് പറയുന്നത് അല്ലെങ്കിൽ ജാഗ്രത സ്വപ്നവും തമ്മിൽ വ്യത്യാസമുണ്ട് ആ വ്യത്യാസത്തിലൂടെ വ്യക്തമായി പറയുകയാണ് ഇതിലും ഒരു തെറ്റിദ്ധാരണ പറയുന്നത് എന്താണ് ജാഗ്രത് സ്വപ്നവും ഒന്നാണ് എന്ന് പറയുന്നതായിട്ട് സ്വാമിമാരെ പ്രസംഗിക്കാറുണ്ട് അതിൽ ചില പരമാർത്ഥമുണ്ട് എന്താണ് ആത്യന്തികമായി ഇതൊന്നും പരമാർത്ഥമല്ല എന്നുള്ള നിലയ്ക്ക് ഒന്നത് പക്ഷേ ജാഗ്രത അനുഭവം സ്വപ്നാനുഭവം വേറിട്ട അനുഭവങ്ങൾ തന്നെയാണ് അതിന്റെ കരണങ്ങൾ വിവേന തന്നെയാണ് എന്നാണിവിടെ ഭാഷകാലം പറയുന്നത് എല്ലാ തരത്തിലും ഇതൊന്നായിരുന്നെങ്കിലോ നമുക്ക് ജാഗ്രത സ്വപ്നമായിട്ട് തന്നെ അനുഭവപ്പെട്ടത് സ്വപ്നവും നമുക്ക് ജാഗ്രത ആയിട്ട് തന്നെ അനുഭവപ്പെട്ടത് ഇതിനെ രണ്ടിനെയും നമുക്ക് രണ്ടു തരത്തിൽ കണ്ട് ചിന്തിക്കാൻ കഴിയാതെയും വന്നെ രണ്ടു തരത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നതു കൊണ്ടാണ് നമ്മൾ ഇതിനെ ഒന്നാണോ അതേ വേറെയാണോ ഇങ്ങനെ ഒരു പഠനത്തിന് തന്നെ വിഷയമാക്കൊണ്ട് അതിന്റെ വ്യത്യാസത്തെവിടെ പറയുക ജാഗ്ര പ്രജ്ഞയ്ക്ക് സമാനമായൊരു പ്രജ്ഞ എന്നാൽ അതിൽ നിന്നും വിലക്ഷണമായൊരു പ്രജ്ഞ അതാണ് സ്വപ്നം ചിത്രിതയൂവട ബാഹ്യസാധന രപേഷം അവിദ്യ കാമ കർമ്മി പ്രേരിമാണം എന്നാണ് ഭാഷകാരം പറയുന്നത് അനുഭവപ്പെടുന്നു അനുഭവപ്പെടുന്നു തഥാ ജന ഇത് പറയുന്നുണ്ട് അസ്യലോകസ്യ സർവാഗതോ മാത്രം ആകായ അസ്യലോകസ്യ ഈ ലോകം എന്ന് പറയുന്നത് എന്താണ് ജാഗ്രത നമ്മളീ ലോകം പ്രപഞ്ചം എന്നെല്ലാം പറയുന്നത് ഒരിക്കലും നമ്മൾ സ്വപ്ന പ്രപഞ്ചത്തെക്കുറിച്ചല്ല നമ്മൾ ലോകമെന്ന് പറയുന്നത് ജാഗ്രത കുറിച്ചാണ് പ്രപഞ്ചമെന്ന് വിളിക്കുന്നതും ജാഗ്രത സ്വപ്നത്തിനും അതിന് തുല്യമായൊരു സ്ഥാനമുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ സ്വപ്ന പ്രപഞ്ചത്തെ പ്രപഞ്ചമായി ഗണിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇത് രണ്ടും രണ്ടായതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഈ ലോകത്തിന്റെ ഈ പ്രപഞ്ചത്തിന്റെ സർവതഹ ആ ജാഗ്രത വിശേഷണവുമായി പറയാണ് സർവ്വാവത നാനാ രൂപത്തിലിരിക്കുന്ന വിഭിന്ന രൂപത്തിലിരിക്കുന്ന സർവ്വവ്യാപകമായിരിക്കുന്ന ഈ ജാഗ്രത എന്ന് പറയുന്നത് എന്താണോ സർവാവാനായിരിക്കുന്നത് എന്നുവെച്ചാൽ സ്വപ്നത്തിലില്ലാത്ത ചില വിശേഷതകളെ കൊണ്ട് ഇതിനൊരു പൂർണതയുണ്ട് ജാഗ്രത അത് നമ്മൾ സ്വപ്നവുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ അറിയും സ്വപ്നത്തിലില്ലാത്ത പല വിശേഷതകളും ജാഗ്രത സ്വപ്നം നമ്മുടെ കേവലം കുത്തർത്ഥത്തിലൂടെ അതിനായി നിഷേധിക്കാൻ പറ്റത്തില്ല ഇപ്പൊ തന്നെ ഇവിടെ ഇത് സംഭവം നടന്നുകൊണ്ടിരിക്കുന്നു കുറച്ചുപേര് ജാഗ്രതയിലാണ് കുറച്ചുപേര് സുഷുപ്തിയിലാണ് കുറച്ചുപേര് സ്വപ്നത്തിലാണ് സുഷുതിയിലാണെങ്കിൽ തീർച്ചയായും കുറച്ചുപേർ സ്വപ്നത്തിനുമായി ഇത് ഒരേ കാലത്ത് പല ജീവന്മാരും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് സുഷുതി എന്നുള്ള പോട്ടെ അവരെ സംബന്ധിച്ചിപ്പോൾ ഇത് വിഷയമല്ല അവരെ നമുക്ക് ആ നിലയിൽ തന്നെ തുടരാൻ അനുവദിക്കാം ജാഗ്രതത്തിലിരിക്കുന്നവരെയും സ്വപ്നത്തിലിരിക്കുന്നവരെയും മാത്രം എടുത്തു നോക്കാം ജാഗ്രതത്തിലിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജാഗ്രതയിലിരിക്കുന്ന ആ ജീവന്മാര് അവരുടെ അന്ധക്കരണം ഇതിനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും അനുസരിതമായതിനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും അത് ജാഗ്രതത്തിന്റെ ഒരു സവിശേഷതയാണ് എന്തായാലും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളിനും ഈ ജാഗ്രത വിട്ടെങ്കും പോകാൻ ഉയർത്തിയിട്ട ജാഗ്രതയിലിരുന്നേ പറയാൻ പറ്റൂ അപ്പോൾ അവിടെ ആർക്കും തർക്കം ഉന്നയിക്കാൻ പറ്റത്തില്ല ജാഗ്രതയിൽ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും കേൾക്കുന്നവരാണെങ്കിലോ ഒരു കൂട്ടർ ജാഗ്രതത്തിലും മറ്റു ചിലർ സ്വപ്നത്തിനും ജാഗ്രതത്തിലിരിക്കുന്നവരുടെ അനുഭവം എന്താണ് ഇത് തുടർച്ചയായി സംഭവിച്ചുകൊണ്ടേയിരിക്കും ഈ തുടർച്ച അവരുടെ അനുഭവത്തിലുണ്ട് അത് ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല സ്വപ്നത്തിലിരിക്കുന്നവരാണെങ്കിലോ സ്വപ്നത്തിലിരിക്കുന്നവർക്കും ഉണ്ട് അവരും ഇതിന്റെ തുടർച്ചവരനുഭവിക്കുന്നുണ്ട് ഈ പറയുന്നത് കുറെ ഇങ്ങനെ അതിനെ അനുസന്ധാനം ചെയ്തുകൊണ്ടിരിക്കുന്നു ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ എവിടെ ഒരു ബ്രേക്ക് അതു പിന്നെ പൂർത്തിയാക്കുന്ന കാസെറ്റിൽ അത് പൂർത്തിയാകും അത് കഴിഞ്ഞ് വീണ്ടും ജാഗ്രതത്തിലേക്ക് വന്നിട്ട് പൂർത്തിയാകും അപ്പൊ ആ ജാഗ്രതയിലുള്ള പൂർത്തീകരണം ഇവിടെ നടക്കുന്നു ഇപ്പം നടക്കുന്നു ഈ കാലത്തിൽ നടക്കുന്നു കാസെറ്റുള്ള പൂർത്തീകരണം പിന്നെ വീട്ടിൽ പോയിട്ടാണ് എന്റെ മുറിയിൽ പോയിട്ട് അപ്പവിടെ ഒരു വ്യത്യാസം വരുന്നുണ്ടല്ലോ ജാഗ്രതത്തിലിരിക്കുന്നവർക്ക് ഇതിന്റെ ഒരു തുടർച്ച തന്നെ കിട്ടിക്കൊണ്ടേയിരിക്കും സ്വപ്നത്തിൽ പോകുന്നവർക്കും തുടർച്ചയാണ് പക്ഷെ ആ തുടർച്ചയെ പൂർത്തിയാക്കണമെങ്കിൽ വേറൊരു കാലത്ത് വേറൊരു ദേശത്തെ അപേക്ഷിക്കേണ്ടി വരുന്നു ഇടയ്ക്ക് കുറച്ച് വിട്ടുപോയി ഇപ്പൊ ശരിയായി എന്ന് പിന്നെ നമ്മൾ പറയുന്നില്ലേ പിന്നീട് ചില കാര്യങ്ങൾ പിടികിട്ടിയില്ല ഇപ്പൊ പിടികിട്ടി ഇപ്പൊ ജാഗ്രതയും സ്വപ്നത്തിന്റെയും വ്യത്യാസം എന്താണോ ജാഗ്രത ഇതേ ദേശത്ത് ഇതേ കാലത്ത് ഇതിന്റെ പൂർത്തീകരണം സംഭവിക്കുമ്പോൾ സ്വപ്നത്തിലേക്ക് പോയ ആർക്കും ഇത് പൂർത്തീകരണം സംഭവിക്കുന്നതിന് ഭിന്നദേശത്ത് ഭിന്ന കാലത്ത് പ്രത്യേക ഒരു ചുറ്റുപാടും പ്രത്യേക ഒരു സംവിധാനത്തിൽ ഇത് പൂർത്തീകരിക്കേണ്ടി വരുന്നു ഇത് നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ് ഇതിങ്ങനെ ഇരിക്കുക ജാഗ്രത് സ്വപ്നം ഒന്നാണെന്ന് പറയാൻ പറ്റും നമ്മുടെ അനുഭവത്തിൽ തന്നെ ചിന്തിച്ച് നോക്കുക അല്ല അതുകൊണ്ട് പറയുന്നു ഭാഷകാരൻ ജാഗ്രത് വത്ത് നമ്മൾ സി ഡി അതാണ് ജാഗ്രത് എന്ന് പറയുന്നത് ഇവിടെ ഇത് പൂർത്തിയാക്കാനും വയ്യാത്തതുകൊണ്ടാണ് നമ്മളവിടെ തന്നെ പോയി ആ അതുകൂടെ ഒന്ന് ശരിയാക്കുന്ന ആ വിട്ടുപോയ ഭാഗം അതിന് നമ്മളെന്ത് പറയും അങ്ങനെ ഒരു പ്രയത്നം ഇതിന്റെ ഇടയ്ക്ക് കൂടുതലായി ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് നമ്മളെന്തു പറയുന്നു ജാഗ്രത വത് ചിന്തിച്ചു മനസ്സിലാവും പറയുന്നതുകൊണ്ട് മാത്രം അത് പൂർണ്ണമായും മനസ്സിലാകത്തില്ല പോഷകാരൻ എന്തുകൊണ്ടങ്ങനെ ഉപയോഗിച്ചു ഇത് ജാഗ്രത പോലെയാണ് സ്വപ്നം അത് ജാഗ്രതല്ല എന്ന് പറയുന്നത് ഇവിടത്തെ ആ തുടർച്ച അത് സ്വപ്നമെന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ അത് നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നതിന്റെ താൽപര്യം ജാഗ്രത്തിൽ ഉണർന്നിരിക്കുന്ന ഒരാളിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ തുടർച്ച സ്വപ്നത്തിൽ പോയ ആളിന് നഷ്ടപ്പെടുന്നു പിന്നെ അയാൾക്ക് തുടർച്ച അയാൾ മറ്റേതെങ്കിലും ഉപായത്തിലൂടെ അയാൾ അത് നേടിയാനും അത് കൃത്രിമമായിപ്പോകും അപ്പൊ ജാഗ്രത നമുക്ക് എന്തോന്നും നഷ്ടപ്പെടുന്നുണ്ടല്ലോ ആ നഷ്ടപ്പെടുന്ന സമയത്ത് നമുക്കൊരു ജാഗ്രത ഉണ്ടായിരുന്നു അതാണ് സ്വപ്നം അത് ജാഗ്ര പത്താണ് അതീ ജാഗ്രത ഇതുപോലെയുള്ള മറ്റൊരു ജാഗ്രത അതുകൊണ്ടാണ് ജാഗ്ര പത്തെന്ന് പറഞ്ഞു ജാഗ്രതനെ പോലെ അത് അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞു അസ്യ ലോകസ്യ സർവാവതഹ ഈ സമ്പൂർണമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ വിപുലമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ മാത്രാം അപാധ ഇതിന്റെ ഒരു ലേശത്തെ എടുക്കുന്നു ഇതിന്റെ ഒരു ലേശമേ അവിടെ കിട്ടുന്നുള്ളൂ ഇല്ലേ ഇവിടെയിപ്പം നമ്മൾക്ക് ഈ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ തുടർച്ച നമ്മുടെ മാനസികമായ അനുസന്ധാന ഇത് നമ്മൾ മുറിഞ്ഞു പോയാൽ പിന്നീട് നമുക്ക് എന്താണ് പിന്നീട് നമ്മൾ മറ്റേതെങ്കിലും ഒരു ഉപായത്തിലൂടെ ഇതിനെ പരസ്പരം ഈ വിട്ടുപോയ കണ്ണികളെ യോജിപ്പിക്കാൻ ശ്രമിച്ചാൽ എന്താണ് സംഭവിക്കുന്നത് ഇതിന്റെ ഒരു ലേശമേ അവിടെയുള്ളൂ ആ സമയത്ത് ഇവിടെ ഇത് ഈ ജാഗ്രതത്തിൽ ഇതൊരു ഒഴുക്കായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് നഷ്ടപ്പെടുന്നയാൾ എന്തുവരുന്നു ഇവിടെ നിന്ന് ഈ ഇതിന്റെ പൂർണതയിൽ നിന്ന് കിട്ടിയ ഏതോ ഒരു ലേശാംശത്തിൽ അയാൾ സ്വപ്ന ലോകത്തിലിരിക്കുകയാണ് ഇവിടെ തന്നെ ഇതേ ദേശത്ത് തന്നെ ഇതേ കാലത്തിൽ തന്നെ ഈ ദേശത്തെയും ഈ കാലത്തെയും അയാൾ ഒരു സ്വപ്ന ഇതിന്റെ ഒരു ലേശത്തെ എടുത്തുകൊണ്ട് ഈ ജാഗ്രത ലേശത്തെ എടുത്തുകൊണ്ട് എന്ന് പറയുന്നത് കൊണ്ട് ആ കാര്യം ഞാൻ ധരിക്കുന്നില്ല നമ്മൾ ചിന്തിച്ച് മനസ്സിലാവും രണ്ടെന്നുമില്ല വ്യത്യാസം നമുക്ക് സ്ഥൂലമായി നമുക്കറിയാം ജാഗ്രത പേരെ സ്വപ്നം പേരെ പക്ഷെ ഭാഷകാരൻ നമുക്കവിടെ മനസ്സിലാക്കാതെ തരാൻ ശ്രമിക്കുന്ന ആ സ്ഥൂലതയല്ല കുറച്ചുകൂടി സൂക്ഷ്മമായ ഒരു കാര്യത്തെയാണ് ഈ ഉണർവിന്റെ ഒരു ലേശത്തെ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും ഉണരുന്നു അവിടെ പ്രജ്ഞാഭേദമില്ല ഉണർവിലൊരു ഭേദമുള്ളതുപോലെ നമ്മൾ ധരിക്കുന്നു അത് വാസ്തവത്തിന് ഈ ഉണർവിന്റെ ഒരു ലേശം മാത്രമാണ് അവിടെ ഉള്ളത് എന്ന് പറഞ്ഞതിന്റെ വ്യത്യാസത്വം മനസ്സിലാക്കിയിട്ട് ആത്യന്തികമായിട്ട് ഇവിടെ പ്രജ്ഞാഭേദമില്ല പ്രജ്ഞാവൈചിത്യമേ ഉള്ളൂ എന്ന് നമുക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം പറയുന്നത് സ്വീകരിച്ചിട്ട് ഈ ഉണർവിന്റെ ഒരു ലേശത്തെ സ്വീകരിച്ചതായിട്ട് അതിനാണ് നേരത്തെ പറഞ്ഞത് വാസന സംസ്കാരം എന്നെല്ലാം പറഞ്ഞത് മാത്രാന്ന് വെച്ചാൽ ലേശം സ്വീകരിച്ചിട്ട് സ്വപ്നത്തിലേക്ക് പോകുന്നു എന്നാണ്